ഭഗർവൈവരു മരണം പിതരമുസാരഗവോ ബ്രഹ്മി തസ്മേത പ്രോവാച ോത്രംഭ്യസംജ്സസ്വ <Sanam> ത ശണ൛യഫൺ ശകി ട൘ രവയപ്യണ് Darwin പർുടന്ട糸 seldom ശ ബഥകവട്ന്ലഺയതാകയ സളുനലയദയണ്കഴതകപേ ണ്നലനഗപെ ബ഼ണർ ജയസഞഥ്പപീ ഇൻനർണർണദേ കപ��usstയ ตวิญญาโยตวิญญาโยคุณะเตโววรณํวิตรมุปัสสสาราอสิหิภะงโวพรเมธีตํโหวาจาตปัสสะมรรมาวิญญาสัสสวะตโปพรเมธีสุตตโพธะปิธาสุตตปัสสัตัพพะ <andeleri> തദ്രവർണം അധിഭവോ ഗനസോ ഹലിമാനി ഭൂതാൻ മനസാജീവ്ജാ പുനരവർ പിതരം വസസാരംഭവോ ബ്രഹ്മി തംവാച തപസിജാസോബ്രഹി യന്ത്ഭി തദ്യ പുനരേവ വർണ്ണം പീതൗപസസസസാരം തപസാസോസ്തന്ദോ ബ്രഹ്മി വ്യജന ആനന്ദാദ്യ വഖിമാനി ഭൂതന്തി ആനന്ദേന ജാതീം ക്ഷണം തലബ്ധിസാധനത്തേന തൻ പുനഃ പുനരപതിഷ്ടപസേഷോക്തി ഭ്രുപുച്ചോ ചെന്ന് അധീഹി ഭഗവോ ബ്രഹ്മോദിച്ചു ബ്രഹ്മം എന്താണെന്ന് എന്നെ ഉപദേശിച്ചു പിതാവ് എന്താണ് പറഞ്ഞത് യഥോവായുമാൻ ഏതിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടാകുന്നു അങ്ങനെ പറഞ്ഞു നേരിട്ട് പറഞ്ഞില്ല എന്നർത്ഥം ഇതാണ് ബ്രഹ്മം എന്ന് നിർദ്ദേശിച്ചില്ല പക്ഷേ ഇവിടെ പുത്രനെന്ത് ചെയ്തു ബ്രഹ്മോപലബ്ധി സാധനമായിട്ട് തപസ് അതിനാണ് ഭക്ഷിക്കാൻ പറഞ്ഞത് സാവശേഷി അതുകൊണ്ട് തപസ് ചെയ്യാൻ ആവശ്യപ്പെട്ടില്ലെങ്കിലും തപസ്സാണ് ഇതിന്റെ സാധനം എന്ന് മനസ്സിലാക്കി പറയേണ്ടത് മുഴുവൻ പറയാതിരുന്നു എന്തെങ്കിലും ശേഷിക്കുന്നു ഇനിയും പറയാനുണ്ട് കേൾക്കാനുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേൾക്കുന്നവരെ ചിന്തിക്കും ഇനി എന്താണ് പറയേണ്ടിയിരുന്നത് അങ്ങനെ മനസ്സിലാക്കിയതാണ് തപസ് അന്നാദി ബ്രഹ്മണ പ്രതിപത്ത് ദ്വാര നിരീക്ഷണം വിമാൻ ഇത്യാദികൾക്ക് ഉത്തവാൻ ഇവിടെ പറയുന്ന അന്നാദി ബ്രഹ്മത്തിന്റെ പ്രതിബദ്ധിക്ക് ഉപായവും ലക്ഷണവുമായ അതെല്ലാം പറഞ്ഞു സാവശേഷം തദ് സാക്ഷാത് ബ്രഹ്മോ എന്നർദ്ദേശം പക്ഷെ പറഞ്ഞത് സാവശേഷവും കുറച്ച് ശേഷിപ്പിച്ചിട്ടാണ് എന്തുകൊണ്ട് സാക്ഷാത് ബ്രഹ്മണോ നിർദ്ദേശം നേരിട്ട് ബ്രഹ്മത്തെ നിർദ്ദേശിച്ചില്ല ഇന്നത് ബ്രഹ്മം സച്ചിദാനന്ദം അങ്ങനെയും നിർദ്ദേശിച്ചില്ല അന്യദായ സ്വരൂപിണിവ ബ്രഹ്മനിർദ്ദേവ്യം നിജ്ഞാസു പുത്രായ ഇതമുദ്ധൻ രൂപം ബ്രഹ്മിക്ക് മറിച്ചാണെങ്കിലോ നേരിട്ട് നിർദ്ദേശിക്കേണ്ടി എങ്ങനെയാണോ പിതാവ് പുത്രന് ഇവിടെ വാത്സല്യം ഉള്ള ആളായതുകൊണ്ട് ഇതിൻ്റെതാണ് ബ്രഹ്മം അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന ചെയ്യം നിരധിച്ച അങ്ങനെ ഉപദേശിച്ചില്ലെങ്കിൽ എന്താണ് സാവശേഷമേ ഉക്തവാണ് പറയാൻ ബാക്കി വെച്ചിട്ട് പറഞ്ഞു അതോപഗമ്യത ന്യൂന സാധനാന്തരമൊക്കെ അപേക്ഷത്തെ പിതാ ബ്രഹ്മ വിജ്ഞാനം പ്രതികരിക്കുക അതുകൊണ്ട് കാരണം ശിഷ്യനെ കുറിച്ച് എന്താ പറയുന്നത് ഊഹാപോഹവിചക്ഷണം ഊഹാപോഹ വിചക്ഷണനായ ശിഷ്യൻ മനസ്സിലാക്കി എന്താണോ സാധനാന്തരപേക്ഷ എന്തെങ്കിലും ഒരു സാധനം ഇവിടെ വേണം എന്തിനും ബ്രഹ്മവിജ്ഞാനം അതിന് സാധനാവശ്യമാണ് കാരണം ബ്രഹ്മവിജ്ഞാനം ഉണ്ടാകണം അതിനൊരു സാധനം കൂടിയേ തീരൂ തീരുമാനിച്ചു തപോ സർവസാധക തപസ് എന്ന് പറയുന്നത് സർവത്തെയും സാധിപ്പിക്കുന്നതിൽ ഏറ്റവും ഉപകാരിയായിട്ടുള്ള ഒന്നാണ് തപസ് ഏത് ഫലത്തിനും അത്യന്തോപകാരികായ ഒന്നാണ് സാധകത്തമം സർവേഷാമി നിയുജസാധ്യവിഷയാണാം സാധനാനാം തപയവ സാധകത്മം സാധനം ഇവിടെ നേടേണ്ട എന്തെല്ലാം ഉണ്ടോ ഏത് കാര്യമായാലും ശരി തപസ്സാണ് അതിനെല്ലാം സാധനമായിരിക്കുന്നത് ഭൗതികമോ ആധ്യാത്മികമോ എന്തായാലും അവർ ഇത് പ്രസിദ്ധല്ലോകി ഇത് ആധ്യാത്മിക കാര്യത്തിൽ മാത്രമല്ല വിഷയങ്ങളിൽ തപസ്സ കൂടാതെ സാധ്യമല്ല അനുപദിഷ്ടമൂ ബ്രഹ്മവിജ്ഞാന സാധനത്തിന് തപ്രതിഭേദ പിതാവിലൂടെ പറഞ്ഞില്ലെങ്കിലും ബ്രഹ്മവിദ്യയുടെ സാധനമായിട്ട് പുത്രൻ തപസ്സിനെ സ്വീകരിച്ചു മനസ്സിലാക്കി പച്ചത്തപ്പോ എന്താണ് തപസ്സെന്ന് പറയുന്നത് ബാഹ്യ അന്തക്കണ സമാധാനം തദ്വാരകത്വാ ബ്രഹ്മപ്രതീപത്തെഹി മനസ്സ ഇന്ദ്രിയാംശ ഏകാഗ്രിയം പരമന്തം തജായ സർവധർമ്മേഭ്യാസ ഉച്ച സ്മൃതേഹി മഹാഭാരത്തിൽ പറയുന്നു മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും പരവുമായ ഏകാഗ്രമാണ് തപസ് അതവിടെ തപസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തജ്ജായ സർവധർമ്മേഭ്യ ഗുരുവിന് ബ്രഹ്മചര്യം ഗരസ്ഥ്യം മനപ്രസ്ഥം സന്യാസം ഇങ്ങനെയുള്ള ആശ്രമങ്ങൾ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അതാണ് തജ്ജായ സർവധർമ്മേഭ്യ സധർമ്മ സർവധർമ്മങ്ങളിലും ഉയർന്ന ധർമ്മമാണ് തപസ്വം യും മനസ്സിന്റെയും ഏകാഗ്ര മനസ്സിന്റെ ഏകാഗ്രത എന്ന് പറയാൻ നമുക്കറിയാം ഇന്ദ്രിയങ്ങളുടെ ഏകാഗ്രത എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ സ്വച്ഛാം വിഷയങ്ങളിൽ പോയി സഞ്ച സഞ്ചരിക്കാതിരിക്കാതാണ് ഇന്ദ്രിയങ്ങളുടെ ഏകാഗ്ര മനസ്സിന്റെ ഏകാഗ്രം ഒരു വിഷയത്തെ ശരീര രീതി ഗ്രഹിക്കുന്നതിന്റെ കഴിവ് ഇതാണ് തപസ്തു തജ്ജായ സർവധർമ്മീ മറ്റേത് ധർമ്മം അനുഷ്ഠിക്കുന്നതിനും ശ്രേഷ്ഠമായിരിക്കുന്ന ധർമ്മമാണിത് സധർമ്മ പരവിച്ച് പരവമായ ധർമ്മം ഇത് സ്മൃതി എന്ന് മഹാഭാരത്തിൽ പറഞ്ഞിരിക്കുന്നു സധർമ്മ പരവിച്ചത് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മമാണ് തപസ്സാകുന്ന ധർമ്മമാണ് സ്വ തപസ്തപ്ത അന്നം ബ്രഹ്മേന അതുകൊണ്ട് എന്തേ ഭൃഗു തപസ് ചെയ്തു എന്ന് ചേർന്ന ഭാഷകൊടുത്തിരിക്കുന്നു അതെങ്ങനെ വിചാരം ചെയ്തു തപസ് കൊടുത്ത് പറഞ്ഞുള്ള മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതയാണ് ആ ഏകാഗ്രതയിലൂടെ മനസ്സിനെ ഇന്ദ്രിയങ്ങളെയെല്ലാം ഒതുക്കി സമാധാനപ്പെടുത്തി ചിന്തിച്ചു എന്നർത്ഥം യാകാഗ്രമായി ചിന്തിച്ചു ചിന്തിച്ചെന്ത് ചെയ്തു അന്നം ബ്രഹ്മേദിവാന വിജ്ഞാതാണ് അവൻ സ്വയം അറിഞ്ഞു എന്താണ് അന്നമാണ് ബ്രഹ്മൻ എന്നർ ആ തപസ്സിന്റെ ഫലമാണ് തപസ് ചെയ്യാൻ പിതാവ് ആവശ്യപ്പെട്ടില്ല പക്ഷെ മനസ്സിലാക്കി തപസ് വേണം ആ തപസ്സിലൂടെ മനസ്സിലാക്കി പിതാവിനോട് ചോദിച്ച ബ്രഹ്മ അത് അന്നമാണ് സ്വയം കണ്ടുപിടിച്ചത് പിതാവിത്ര പറഞ്ഞാൽ എവിടെന്നാണോ ഇതെല്ലാം ഉണ്ടാകുന്നത് അത് ബ്രഹ്മം പക്ഷെ പുത്രന് വിചാരം ചെയ്ത് അതെന്താണെന്ന് മനസ്സിലായി അതാണ് അന്നമ്പരമീതി വിറ്റാന അറിഞ്ഞു തദ്ധി യഥാർത്ഥ യഥോക്തരക്ഷണേതം മുമ്പ് പറഞ്ഞല്ലോ അന്നമയ കോശം പ്രാണമയകോശം മനോമയകോശം ഇതെല്ലാം പറഞ്ഞ ഒരു കഥം അന്നാധിയോമാനിന്തി പിന്നെ ഈ ലോകത്തിലേക്ക് നോക്കിയാലും കാണുന്ന എന്താണ് അന്നത്തിൽ നിന്ന് സർവമുണ്ടാവും അന്നത്തിന് ഭക്ഷണം എന്നുള്ള അർത്ഥമുണ്ട് ശരീരം എന്നുള്ള അർത്ഥമുണ്ട് പഞ്ചമഹാഭൂതങ്ങളെന്നുള്ള അർത്ഥമുണ്ട് പല അർത്ഥങ്ങളും ഇവിടെ പറയും മേഘാനത്തിൽ പറയും എന്താണ് വിരാട്ടാണ് അന്നു പറയും സമ്പൂർണ്ണ സ്ഥൂലതയിൽ ചേർന്നാണ് വിരാട്ട് അതാണ് അന്നം രക്ഷിക്കുന്ന ദോഷം തപസ്തപ്ത്വ അന്നം ബ്രഹ്മേരി വിജ്ഞായ ലക്ഷണേനുപത്യാച്ച പുനരൈവ സംശയമാവൻ വർണ്ണം പിതൃഭൂവസാഹ അന്നത്തിൽ നിന്നാണ് ഈ ഭൂതങ്ങളെല്ലാം ഉണ്ടാകുന്നത് അന്നേന ജാതന്തി അന്നം കൊണ്ട് ജനിച്ചതെല്ലാം അന്നം കൊണ്ട് ജീവിക്കുന്നു അന്നം പ്രയന്തി അഭിസംബിസന്തി അന്നത്തിൽ ജീവിക്കുന്നതെല്ലാം അന്നത്തിൽ തന്നെ ലയിക്കുന്നു ഇതാണ് അറിയേണ്ടത് പുനരേവർണം വിതര ഉത്സാഹ പക്ഷേ അന്നത്തിൽ നിന്നാണ് സർവവും എന്നറിഞ്ഞതുകൊണ്ട് അവൻ തൃപ്തനായ എന്തുകൊണ്ട് മുമ്പ് അന്നം പ്രാണം മന ആനന്ദം തുടങ്ങിയ കോശങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് അന്നത്തിൽ നിന്നാണ് ഇതുണ്ടായതെന്ന് പറയുന്നത് ശിഷ്യൻ തൃപ്തനായില്ല വീണ്ടും പിതാവിനെ സ്വമിച്ച് വീണ്ടും ചോദിച്ചു അതിഹി ഭൗ ബ്രഹ്മേരി ആ ബ്രഹ്മേക്ക് ഉപദേശിച്ചാലും അന്നമാണ് ബ്രഹ്മെന്നുള്ളത് എനിക്ക് ധരിക്കാൻ കഴിയുന്നില്ല അവനോട് പറഞ്ഞു തപസാ ബ്രഹ്മ വിധി ഞാസസ്വീണ്ടും അതിന് പറഞ്ഞ് ഈ തപസ് കൊണ്ടറിയുക തപുബ്രഹ്മേരി തപസ് എന്ന ബ്രഹ്മം അപ്പൊ ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ഉപദേശം നേടി ്രഹ്മത്തെ അറിയാൻ ശ്രമിച്ചു ബ്രഹ്മത്തെ അറിഞ്ഞു അറിഞ്ഞിട്ടും സംശയം വരുന്നു എന്തുകൊണ്ടാണ് ശരിയായി അറിയാത്തതുകൊണ്ട് അന്നം ബ്രഹ്മ എന്നാണ് പറഞ്ഞത് അത് ശരിയായിരുന്നല്ല അതുകൊണ്ട് വീണ്ടും പോകുന്നു ഉപദേശ ഗുരുവിൻ്റെ അടുത്ത് ുരു വളരെ സ്നേഹത്തോടു കൂടി പറയുന്നു അതിഹി ഭവ ബ്രഹ്മത്തെ ഉപദേശിക്കൂ ഗുരു പറയുന്നു നീ തപസ് അനുഷ്ഠിക്കൂ ശിഷ്യൻ പറയുന്നു ഉപദേശിക്കൂ തംഭോവാച്ഛനോട് പറഞ്ഞു എന്താണ് തപസാ ബ്രഹ്മ വിജ്ഞാസ തപസ്സുകൊണ്ടറിയുന്നു ബ്രഹ്മത്തെ തപോ ബ്രഹ്മേരി സയവ തപസ്തപ്ത്വ അന്നം ബ്രഹ്മേദി വിജ്ഞായ ലക്ഷണേന ഉപ്പുത്യാഗ പുനരീവ സംശയമാവന്നു അവന്റെ ലക്ഷണം കേട്ടപ്പോ യു വിചാരം ചെയ്തപ്പോ സംശയം വന്നു പരണം പിതൃ ഉപസാര ആദിഹി ഭഗവോ ബ്രഹ്മേദി വീണ്ടും ആവശ്യപ്പെട്ടു ബ്രഹ്മം ഒക്കെ അറിയിക്കാൻ പുന സംശയതിന് എന്തുകൊണ്ട് സംശയം വ്യക്തമായി പറഞ്ഞല്ലോ ഏതിൽ ഇതെല്ലാം ഉണ്ടാകുന്നത് സംശയം എന്നുള്ള ഉത്പന്ന സി ഉത്പത്തി ദർശന അന്ന സി ഉത്പത്തി ദർശന അന്നം ഉത്പന്നമാകുന്നതാണ് അതും പഞ്ചഭൂതങ്ങൾ ഉൾപ്പെടുന്നതാണ് അതിന്റെ വിരാട്ടായിട്ടെടുത്താൽ വിരാട് പുരുഷനും തഥോ വിരാട് അജായുദാസും പറയുന്നു വിരാടും ജനിക്കുന്നതാണ് അതുകൊണ്ട് അതാണ് ബ്രഹ്മം ജനിക്കുന്നു എന്നെങ്കിലും ബ്രഹ്മമാകും അതുകൊണ്ട് തപസ് പുനഃപ്പിനൊരുപദേശ സാധന നിശ്ചയത്വ അവതാരണ തപക്ഷെ വീണ്ടും വീണ്ടും തപസ്സെയ്യാൻ ആവശ്യപ്പെടുന്നു വിചാരത്തിന് ആവശ്യപ്പെടുന്നുണ്ട് തപസ്സെന്ന് പറയുന്ന വിചാരം നേരത്തെ പറഞ്ഞെന്ന് മനസ്സിലാക്കാം കാരണം ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ഏകാഗ്രത എന്ന് പറയുന്നത് അത് വിചാരമാണ് മനസ്സിലെ സംഭവിക്കത്തുള്ളൂ എന്നാലും വീണ്ടും വീണ്ടും അതിന് ചർച്ച ചെയ്യുന്നു തപസ പുനരുപുനരുബന്ധിച്ച സാധന ചെയ്തു അത് അതിശയകരമായ സാധനമാണ് തപസ് വിട്ടിട്ടൊരു ബ്രഹ്മജ്ഞാനമില്ല മനനും കൂടാതെ ജ്ഞാനമില്ല ബ്രഹ്മണോ ലക്ഷണം നിരശ്ശേന ഭൂതി യാവ ജിജ്ഞാസ നിവർത്തതേ സാധനം ബ്രഹ്മജിജ്ഞാസ അത് നിവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മജ്ഞാനം യാവത്ത് ബ്രഹ്മണോ ലക്ഷണം നിരശ്ശേന ഭവതി ബ്രഹ്മത്തിന്റെ ലക്ഷണം നിരശമായി ഗ്രഹിക്കാതിരിക്കുക എന്നുവെച്ചാൽ സ്വാഭാവികമായി ഗ്രഹിക്കുക അതുപോരാ ഇനി യാതെയാണോ ജിജ്ഞാസ ഉണ്ടായി അതും പോരാ താവത്ത് തപയവത്തെ സാധനം നിന്റെ സാധനം തപസ്സാണ് തപസ്സായ വരും വിജ്ഞാസസ്സോ അതുപോലെ തപസ്സുകൊണ്ട് മനസ്സിന്റെ ഏകാഗ്രത കൊണ്ട് നീ അതിനെ അറിയുക വിചാരം അറിയുക ഇപ്പൊ ഗുരു ഉപദേശിക്കുന്നു ഉപദേശിക്കുമ്പോൾ ശിഷ്യൻ അതിനെ ഉപദേശിച്ചതുപോലെ ധരിക്കണമെന്നില്ല വീണ്ടും ശിഷ്യൻ സ്വന്തം നിലയ്ക്ക് അതിനെ സങ്കല്പിച്ച് രൂപപ്പെടുത്തി എടുക്കുന്നു പക്ഷെ അവിടെ തപസ് ദോഢമായ വിചാരം ശ്രദ്ധ അതാവശ്യമാണ് അതുകൊണ്ട് പറഞ്ഞു തപസ് ഈ തപസ്സും ബ്രഹ്മം ഒന്നു തന്നെ കാരണം തപസ് ബ്രഹ്മത്തിന് വേണ്ടിയിട്ടാണ് അതിന് രണ്ടി ഒന്നാക്കി പറയുകയാണ് ബാക്കി വ്യാഖ്യാനുസരണമാണ് ഉർജ്വന്യത് ഇവിടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണ് വിചാരം ശ്രവണാനന്തരാഗത്ത എന്ന് പറയുന്നു ശ്രവണാനന്തരാഗ മനന വ്യവദേശഭ മനനം എന്നുള്ള ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നു ആ വിചാരം ശ്രവണത്തിൽ ഒരാളിന് തത്വം പ്രകാശിച്ചില്ലെങ്കിൽ അത് വിചാരത്തിലൂടെ പ്രകാശിക്കുന്നു അത് ശ്രവണത്തിൽ ഇങ്ങനെ അത് പ്രകാശിക്കും അപരോക്ഷമായ ജ്ഞാനമുണ്ടായി അജ്ഞാന സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് അതിന് വിളംബം കൂടാതെ പ്രകാശിക്കും അത് സാധിച്ചില്ലെങ്കിൽ പിന്നെ ഏകാഗ്രമായ മനനം ആ മനനത്തിലൂടെ സാധിക്കും ആ മനനം അവിടെ ശ്രവണത്തിന്റെ ആവർത്തിയായിട്ട് വരും ശ്രവണത്തിന്റെ ആവർത്തി തന്നെയാണ് മനനം ആണ് ശ്രവണം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഇവിടെ പിതാവും പുത്രനും തമ്മിലുള്ള കഥയിലൂടെ അത് തന്നെ പറയുന്നു ഇവിടെ പിതാവ് പുത്രനും ഉപദേശിച്ചു അത് ഉപദേശം തന്നെ നേരിട്ടല്ല ഉപദേശിച്ചത് ആണ് കുറച്ച് അവശേഷിപ്പിച്ചിട്ട് ഉപദേശിച്ചു അതെന്തിനങ്ങനെ ഉപദേശിച്ചു ഒന്ന് പൂർണ്ണമായി ഉപദേശിച്ചാൽ സച്ചിദാനന്ദം സത്തുമസി എന്നെല്ലാം ഉപദേശിച്ചു കഴിഞ്ഞാലും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ സ്വരൂപമായി നിർദ്ദേശിച്ചാലും വീണ്ടും സംശയം അതുകൊണ്ട് തടസ്സമായി തടസ്സമായി നിർദ്ദേശിച്ച ഏതോ വൈമാനു ഭൂതാനി ജായന്തി എന്നിങ്ങനെ നിർദ്ദേശിക്കുന്നു വ്യക്തമായി ഇന്നതാണെന്ന് എടുത്തു ഇവിടെ ആവർത്തിക്കുന്നു ഇവിടെ ഗുരു ഉപദേശിക്കുന്നു ശിഷ്യൻ ശ്രവിക്കുന്നു മനനം ചെയ്യുന്നു വീണ്ടും ശ്രവണം അതാണ് വീണ്ടും ഏതോ ആവർത്തിക്കുന്നത് അതെങ്ങനെ ആവർത്തിക്കുന്നു ശിഷ്യന്റെ മനനത്തിൽ നിന്ന് കിട്ടിയ അറിവായിട്ട് ആദ്യം ശിഷ്യൻ അറിഞ്ഞത് അന്നമാണ് ഈ അന്നത്തെ തുടർന്നാണ് ഇനി വരുന്ന ചർച്ചയും ഉപാസനകളും അല്ല അന്നം പലതരത്തിലുമാണ് ഒന്നിനും കഴിക്കുന്ന ഭക്ഷണമാകാം ശരീരമാകാം തുടർന്ന് അതിനോട് ബന്ധപ്പെട്ട് ഒരു പ്രാണൻ മനസ്സ് വിജ്ഞാനം ആനന്ദം ഇതെല്ലാം തൻ്റെ മനനഫലമായി ശിഷ്യൻ അറിയുന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജ്ഞാനത്തിൻ്റെ വ്യക്തത അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞല്ലോ ജ്ഞാനം ശ്രോണത്തിൽ നിന്ന് തന്നെ ഒരു ജ്ഞാനം ഉണ്ടാകും ആ ജ്ഞാനം പരോക്ഷമല്ല അപരോഷം തന്നെ പക്ഷേ ആ ജ്ഞാനം സംശയവിര്യങ്ങളോടുകൂടി ചേർന്നിരിക്കുന്നതുകൊണ്ട് അവ്യക്തമായിരിക്കും ഇവിടെ അവസാനം ആനന്ദത്തിൽ ചെന്ന് എത്തിച്ചേരുമ്പോ ആ ജ്ഞാനം പൂർണ്ണമാകുന്നു അതുവരെ ഈ വിചാരം മുന്നോട്ട് പോകും അപ്പോൾ അതുവരെ സംഭവിക്കുന്ന എന്താണ് ആ സംശയ വിപര്യങ്ങളെ ഇല്ലാതാക്കുകയാണ് ആ സംശയവിപര്യങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ശ്രവണത്തിന്റെ ആവർത്തി മനനത്തിന്റെ ആവർത്തി അത് ആവശ്യമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ല ഗുരു ഉപദേശിച്ചപ്പോൾ ശിഷ്യൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ലെന്നല്ല ശിഷ്യൻ ഉറപ്പിച്ചു പറയുന്നെന്താണ് അന്നം ബ്രഹ്മേരി അന്നമാണ് ബ്രഹ്മമെന്ന് ഞാൻ അറിഞ്ഞു അപ്പോ സച്ചിദാനന്ദോ തത്വമസ് ചെയ്യുന്നോ എന്നെല്ലാം ഉപദേശിച്ചു കഴിഞ്ഞാലും ബ്രഹ്മജ്ഞാനം ഉണ്ടാകും എന്തിനെങ്കിലും ബ്രഹ്മം ധരിക്കും അതിനെക്കുറിച്ച് പറയാം ആപാതജ്ഞാനം എന്ന് പറയും ഒരാപാതജ്ഞാനം ആവശ്യമുണ്ടാകും ഇവിടെ ഗുരുചല സൂചനകളോട് കൊടുത്തു അതിൻ്റെ സാധനങ്ങളെ കുറിച്ചുള്ള സൂചനകൾ കൊടുത്തു എന്താണ് പ്രാണം ചക്ഷ ശ്രോത്രം മനോവാചം ചില ശബ്ദങ്ങൾ ശിഷ്യന്റെ ചിന്തയ്ക്ക് ഇതാണ് ഉപകരിച്ചത് ശബ്ദത്തെ ആശ്രയിച്ചാണല്ലോ ചിന്ത ആ ചിന്തകളിൽ നിന്ന് ശിഷ്യൻ ക്രമേണ ആ ഗുരു നിർദ്ദേശ അന്നം പ്രാണം മനോചക്ഷു എന്നിങ്ങനെ പറഞ്ഞതനുസരിച്ച് അതിനെ പിന്തുടർന്ന് ചിന്തിച്ച് അവസാന ആനന്ദത്തിലെത്തിച്ചേരുന്നു അതുകൊണ്ടാണ് അദ്വൈതത്തിൽ വിചാരപ്രക്രിയ വളരെ മുഖ്യമെന്ന് പറയുന്നു പലതരത്തിലുള്ള വിചാരമാർഗങ്ങൾ വന്നത് ശാസ്ത്രം ശ്രമിക്കുന്നതും മനനം ചെയ്യുന്നതും നിഷ്ഫലമാണ് അതുകൊണ്ടൊന്നും സാധ്യമല്ല എന്ന് കരുതുന്നവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ആവർത്തിക്കുന്നത് ആവർത്തി രസകൃത്ത് ഉപ ഉപദേശ ബ്രഹ്മസൂത്രത്തിനും പറയുന്നത് തന്നെ അതിവിടെ ഗുരുശിഷ്യ സംവാദരൂപത്തിൽ ശ്രവണത്തിന്റെയും മനനത്തിന്റെയും ആവർത്തി കാണിക്കുന്നു ശേഷൻ ആദ്യം അന്നമാണ് ബ്രഹ്മം എന്നറിഞ്ഞ് എങ്ങനെ ലക്ഷണത്തിലൂടെയും വിപത്തിയിലൂടെയും യുക്തിയിലൂടെയും അതറിഞ്ഞ് അറിഞ്ഞ് അറിവ് എന്ന് പറഞ്ഞ് പുനരേവ സംശയമാക്കുന്ന അറിവിനോടൊപ്പം സംശയവുമുണ്ട് ആണ് പറയുന്നത് അറിവുണ്ടായാലും സംശയം ശേഷിക്കാം അറിവുണ്ടായാലും അജ്ഞാനം ശേഷിക്കാം അറിവുണ്ടായാലും ഭ്രാന്തി നിലനിൽക്കാം അതുകൊണ്ട് വീണ്ടും ജിജ്ഞാസ ഉണ്ടായി അതിഹി ഭഗവത് ബ്രഹ്മ ഇപ്പൊ സംശയം എന്തുകൊണ്ട് വരുന്നു അന്നസ്യ ഉത്പത്തി ദർശനം അതിന് പോരായ്മയുണ്ട് അന്നമെന്നുള്ള ഏതാർത്ഥം കൊടുത്താലും ശരി കഴിക്കുന്നവനായവന് ശരീരമായാലും ശരി വിരാട്ടായാലും ശരി അത് ബ്രഹ്മമാകാൻ വഴിയില്ല അതിനുപത്തിയുണ്ട് വീണ്ടും ഉപദേശിക്കുന്നു തപസ സാധനാതിശയത്ത് അവധാരണ തപസ് അതിശയകരമായ സാധനമാണ് മനനം ഏറ്റവും ശ്രേഷ്ഠമായ സാധനമാണ് അത് ഏതുവരെ പോകണം പറയുന്നു യാവ് ബ്രഹ്മണോ ലക്ഷണം നിർദ്ദിശ എന്ന ഭൗതി ജിജ്ഞാസന്ന് നിവർത്തതേ ഏതുവരെ ഈ ജിജ്ഞാസ നിവർത്തിക്കുന്നില്ലയോ ജിജ്ഞാസയുടെ അടയാളമാണ് സംശയം ഇത് ഏതുവരെ തുടരണം പിന്നെ പറയുന്നു ബ്രഹ്മണോ ലക്ഷണം നിരധിശയെന്ന ഭവതി ആ ബ്രഹ്മത്തിന്റെ ബോധ്യപ്പെടൽ അത് നിരധിശയമാകുന്നതുവരെ അത് ഏറ്റക്കുറച്ചിലോന്നു ആ ഇതിപ്പോ അത് വ്യക്തമായി എന്നെ പറയുന്നു കുറച്ചുകൂടി വ്യക്തമായി പിന്നെ പറയുന്നു കുറച്ചുകൂടി വ്യക്തമായി ഇതാണ് സാദിശ ഇത് കിടക്കുന്നതുവരെ ഈ സാധിച്ച അവസ്ഥ കിടക്കുന്നതുവരെ സംശയങ്ങൾ നിവർത്തിക്കുന്നതുവരെ താവത്ത് തപ ഇവത്തെ സാധനം അതുകൊണ്ട് ഇവിടെ ശ്രുതി പറയുന്നു ഇതിന്റെ സാധനം മനനം തന്നെയാണ് തപസ്സായവ ബ്രഹ്മവിജ്ഞാസ അതുകൊണ്ട് ആ തപസ്സുകൊണ്ട് മനനത്തിലൂടെ തന്നെ ഇതിനറിയണം ശിഷ്യനെന്ത് ചെയ്തു തപസ് ചെയ്തു തപസ്തപ്ത്വ പ്രാണോ ബ്രഹ്മേദിവാനറിഞ്ഞു പ്രാണദ്വീപഖല്യുമാനുഭൂതാനു ജായന്തി പ്രാണനിൽ നിന്നാണിതുണ്ടാകുന്നത് എന്നത്തേക്കാൾ ശ്രേഷ്ഠമാണല്ലോ പ്രാണ പ്രാണേന ജാതീവന്തി പഴയതുപോലെ പ്രാണൻ പ്രത്യഭിസന്തി തത് വിജ്ഞായ ശിഷ്യൻ അറിവുണ്ടായി മനനം ശ്രവണ മനനങ്ങൾ കൊണ്ട് പ്രയോജനമുണ്ടായി താൻ ഇന്ന സ്ഥലത്ത് നിന്ന് ഒരു പടിപൂടി മുന്നിലേക്ക് പോയി പക്ഷേ പുനരേവ ഭരണം പിതരും ഉപസാര വീണ്ടും തന്റെ പിതാവിനെ സമീപിച്ചു അതിനും തൃപ്തനായില്ല സംശയം ജിജ്ഞാസ വീണ്ടും വന്നു അതങ്ങനെ ബ്രഹ്മമാവും അധീഹി ഭഗവു ബ്രഹ്മേദി എന്നെ ഉപദേശിച്ചാലും പറഞ്ഞു തപസ ബ്രഹ്മിജ്ഞാസു ബ്രഹ്മേദി ഇവിടെ ഉപദേശമൊന്നേ ഉള്ളു വായിമാനി ജായന്തി ശിഷ്യൻ വീണ്ടും വീണ്ടും സമീപിക്കുമ്പോ വീണ്ടും പ്രത്യേകിച്ച് ഉപദേശിക്കുന്നുണ്ട് ഒന്നുമതി അതിനെ ആവർത്തിച്ചാ മതി അതാണ് തത്വമസി ഒന്നിനെ നവപരം ആവർത്തിക്കുന്നത് എത്തോ വായുമാനി ഭൂതാന് ജായന്തി എന്ന് പറയുന്ന അക്കാര്യം മാത്രം ചിന്തിച്ചാ മതി അതാണ് തപസ് അതുകൊണ്ട് എന്താണ് പറഞ്ഞത് തപസ്സാ ബ്രഹ്മവിന്യാസിനു തപസ്സിലൂടെ അറിയില്ല എനിക്ക് പറയാൻ ഇത്രയോ നിന്റെ മനനമാണ് എന്തുകൊണ്ട് തപു ബ്രഹ്മീരി അത് തന്നെ ആ തപസ് തന്നെയാണ് എന്നുവെച്ചാൽ അത് ആ ബ്രഹ്മസാക്ഷാത്കാരത്തിന് തൊട്ടടുത്ത് നിൽക്കുന്നു അതുകൊണ്ട് പറഞ്ഞ അത് തന്നെയാണ് ശിഷ്യനും മനസ്സിലായി തൻ്റെ മനനം പോരാ സത്തപ്പോ അതപിതാവൻ വീണ്ടും അനുഷ്ഠിച്ചു സു അവൻ തപസ് മനോ ബ്രഹ്മേ ദിവ മനസ്സ് തന്നെയാണ് ബ്രഹ്മ മനസ്സോ ഹീവഖല്യുമാണ് ഭൂതാനു ജായന്തി മനസ്സിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് മനസ്സാജാതീവന്തി മനസ്സുകൊണ്ട് ഇതെല്ലാം നിലനിൽക്കുന്നു മനസ്സുകൊണ്ടാണല്ലോ മനനം നടക്കുന്നു മനപ്രത്യ അഭിസംവിശന് മനസ്സിലേക്ക് തന്നെ ഇതെല്ലാം ലയിക്കുന്നു വർണ്ണം പ്രാണൻ വിട്ട് മനസ്സുവരെ എത്തി തദ്ജ്ഞായ അത് ഉറപ്പിച്ചു ദൃഢനിശ്ചയമാക്കി പുനരൈവ ഭരണം പിതര ഉപസാര വീണ്ടും പിതാവിനെ ഗുരുവിനെ സമീപിച്ചു അധീവോ ബ്രഹ്മേദി വീണ്ടും ഗുരുവിനോട് ചോദിക്കുന്നു അവനോട് പറഞ്ഞു തപസ് പറഞ്ഞു പോരാ മനസ്സുവരെ എത്തിയുള്ളൂ ഇനിയും തപസ്സനുഷ്ഠിക്കുക ഇനിയും മനനം തുടരുക തപോ ബ്രഹ്മേദി നീ എത്തിയില്ല തപസാണ് ബ്രഹ്മം തപസ്സാണ് മനനമാണ് ഇതിൻ്റെ ഉപായം നീ വീണ്ടും വീണ്ടും വന്ന് ചോദിക്കേണ്ട കാര്യമില്ല എന്നോട് ഉപദേശിച്ചത് പര്യാപ്തമാണ് നീ അതിനെ അതിലുപരി വിചാരം ചെയ്യുക സത്തപ്പ തപ്പിയലാമൻ വീണ്ടും മനനം ചെയ്ത് സപ്തപസ്ത വീണ്ടും കണ്ടെത്തി ബ്രഹ്മത്തെ എങ്ങനെ വിജ്ഞാനം ബ്രഹ്മ വിജ്ഞാനമാണ് ഇതിങ്ങനെ പോയാൽ ഇതിനവസാനമില്ല വിജ്ഞാനം ബോധം പറയുണ്ടോ മനസ്സിനും മനസ്സുകൊണ്ട് എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു അതിൻ്റെ പിന്നിലിരിക്കുന്ന ആ ബോധം അതാണ് ബ്രഹ്മം വിജ്ഞാനാധ്യോ ഗല്യമാനി ഭൂതാനി ജായന്തി അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മൾ പറയുന്നില്ലേ നമ്മുടെ ബോധത്തിൽ നിന്നാണ് സൃഷ്ടി ഈ ബോധമാണ് ഇതിനെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് സുഷത്തിൽ ഇതുണ്ടായിരുന്നില്ല ജാഗ്രത എന്ന് പറയുന്ന ബോധം ബോധത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് പറയും അറിവ് ഈ ബോധമുള്ളതുകൊണ്ട് പ്രപഞ്ചം നിൽക്കുന്നു അതുകൊണ്ട് ഈ ബോധം തന്നെയാണ് വിജ്ഞാനാ ദൈവഖലിമാനി ഭൂതാനി ജായന്തി അതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു വിജ്ഞാനേനു ജാത അനുജീവന്തി അതുകൊണ്ട് ജീവിക്കുന്നു വിജ്ഞാനം പ്രയന്തി അഭിസംബിശന്തി അതിലേക്ക് വിലയിക്കുന്നു അതിനു മനസ്സിലാക്കൂ പുനരദൈവ വരണം പിതരോപസാരുപദേശിക്കൂ തംവാച തപസ്വ ഇവിടെയും പൂർത്തിയായില്ല തപോ ബ്രഹ്മേദി തപസ്സാണ് ബ്രഹ്മം സത്തപ്പോ അതപ്യത നമ്മളെന്താണ് നമ്മൾ ബ്രഹ്മത്തെക്കുറിച്ച് വിചാരം ചെയ്യുന്നുണ്ട് പക്ഷെ വിചാരം പരിപക്വമാകുന്നില്ല സാധനമില്ല സാധനം പൂർത്തിയാകുന്നില്ല വിചാരത്തിന്റെ പരിപക്വതയിലാണ് അത് സംഭവിക്കേണ്ടത് അത് സംഭവിക്കുന്നില്ല ശിഷ്യനെ സംബന്ധിച്ചെന്താണ് വിചാരമുണ്ട് പരിപക്വമാകുന്നില്ല അതുകൊണ്ട് പറയുന്നു പോരാ നീ വീണ്ടും വിചാരം ചെയ്യുക തപസ് വിചാരം മാത്രമേ ഉള്ളൂ മനസ് ഇന്ദ്രിയാണ് ഏകാഗ്രം പരമന്തമാ എന്നാണ് പറഞ്ഞത് സത്തപസ്തത്വം അവൻ വീണ്ടും തപസ് ചെയ്തു ആനന്ദോ ബ്രഹ്മ ദിവജാനാ ഇതെല്ലാം ഒടുങ്ങുന്ന ആനന്ദം അന്നവും പ്രാണനും മനസ്സും വിജ്ഞാനവും എല്ലാം നിശ്ചലമാകുന്ന ആനന്ദം പരമാനന്ദം അതാണ് ബ്രഹ്മം എന്നറിഞ്ഞു നേരത്തെ പറഞ്ഞല്ലോ അന്നം പ്രാണം മനസ് അവിടെ ആനന്ദത്തിൽ വന്നിട്ട് പറഞ്ഞു അല്ല ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ ആനന്ദത്തിനും അപ്പുറമാണെന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആനന്ദത്തിൽ വന്ന് നിർത്തുകയാണ് എന്തുകൊണ്ട് മനനം അതിന് അപ്പുറം സാധ്യമല്ല ആനന്ദത്തിൽ പിന്നെ മനനമില്ല മനസ്സ് പ്രവർത്തിക്കത്തില്ല നമുക്കറിയാം ഭൗതികമായ ആനന്ദത്തിൽ പോലും മനസ്സിന് പിന്നെ പ്രവൃത്തിയില്ല പിന്നെ ബ്രഹ്മാനന്ദത്തിൽ എവിടെയാ മനസ്സിന്റെ പ്രവൃത്തി വരുന്നത് കാരണം അതാ ബ്രഹ്മസ്വരൂപം തന്നെ അവിടെ മനസ്സ് പിൻവലിയുന്നു നേരത്തെ പറയും പരമാനന്ദം എന്നാ അപ്പൊ വിചാരത്തിൻ്റെ ഒടുവിലേ ആ പരമാനന്ദം വിചാരത്തിൽ ആനന്ദമില്ല വിചാരത്തിൽ ആനന്ദം എന്ന് പറയുന്നത് ലൗകികമായ ആനന്ദമാണ് എന്തുകൊണ്ടാണ് വിചാരത്തിൽ അജ്ഞാന സംശയവിരിയങ്ങളെല്ലാം ഒപ്പമുണ്ട് അപ്പം ഇങ്ങനെ വിചാരത്തിൽ ആനന്ദമുണ്ടാവും ആനന്ദത്തിൽ പിന്നെ വിചാരം അവസാനിക്കുന്ന അതുകൊണ്ടാണ് ഇവിടെ പിന്നീട് ചോദ്യമില്ല ഉത്തരവുമുണ്ട് അന്നാധ്യവഖ്യുമാനി ഭൂതാനി ജായന്തി ആനന്ദേന ജാതാനേ ആനന്ദാദൈവഖലുഭൂതാല് ജയന്തി ആനന്ദ ജാതാന ജീവന്തി ആനന്ദം പ്രയന്ത്സംവിശന്തി ആനന്ദത്തിലെല്ലാം വിലയിക്കുന്നു ഇവിടെ ചോദ്യ ഉത്തരവിൽ അവസാനിച്ചു ഈ ആനന്ദത്തെയാണ് പറയുന്നത് പരമമായ ആനന്ദം അതാണ് ആത്മജ്ഞാനത്തിന്റെ ഫലം ആത്യന്തിക ദുഃഖം നിവൃത്തി നിരസിച്ച് ആനന്ദപ്രാപ്തി എന്നെല്ലാം പറയും അവിടെ ജിജ്ഞാസമിക്കുന്ന ആനന്ദം ചോദ്യോത്തരവും അവസാനിക്കുന്ന ആനന്ദം മനനം അവസാനിക്കുന്ന ആനന്ദം അല്ലാതെയുള്ള ആനന്ദമല്ല അല്ലാതെ ആനന്ദം വരെ നമ്മൾ വളരെ പരിശ്രമിച്ച് അലൗകികമായ ദിവ്യമായ ഏതെങ്കിലും ആനന്ദത്തെ സമാധിയിൽ അനുഭവിച്ചു എന്താ സംഭവിക്കുന്നത് ആ ആനന്ദം ഇട്ട് ജാഗ്രതത്തിലേക്ക് വന്നു വീണ്ടും ജിജ്ഞാസയുണ്ടാവും ആനന്ദത്തെ അനുഭവിക്കുന്ന സംശയം ഉണ്ടാവും ഇനിയും എനിക്കത് കിട്ടുമോ ആ ആനന്ദം എന്താണ് അതാണോ പരമാവധി ഇനി അതിനും വലിയ ആനന്ദമുണ്ടോ ഇങ്ങനെ പോകും അപ്പോ നമ്മളെ അനുഭവിക്കുന്നവർ ആനന്ദത്തിനും ജിജ്ഞാസ സംശയം അവസാനിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞു ഭാഷക്കാരൻ എന്താണ് ജിജ്ഞാസ അവസാനിക്കുന്നത് വരെയാണ് മനനം ആനന്ദത്തെ അനുഭവിച്ചിട്ട് ജിജ്ഞാസ അവസാനിക്കുന്നുണ്ടെങ്കിൽ ആനന്ദം പരമാവധി എല്ലാം നിശ്ചയമല്ല ആത്യന്തികമല്ല നമ്മൾ ഇവിടെ എന്താണ് അവസാനിച്ചു ഇത്രയേ ഉള്ളൂ പിന്നെ പറയുന്ന എന്താണ് ശേഷ ഭാർഗവി ഭരണി വിദ്യ അവിടെ സ തപോ ത സപ തപ്ത എന്നൊന്നും പറയുന്നില്ല പിന്നെ കണ്ടെത്തലുള്ള ഒന്നുമില്ല അവിടെയെല്ലാം അവസാനിച്ചു പരമാവധി അപ്പോൾ ബ്രഹ്മലക്ഷണത്തെ ഉപദേശിച്ച് ബ്രഹ്മലക്ഷണത്തെ മനനം ചെയ്ത് ആ ശ്രോതാവ് പരമാനന്ദത്തെ പ്രാപിച്ചു സംശയങ്ങളും വികല്പങ്ങളും ഒന്നുമില്ലാത്ത ഏവം തപസ വിശുദ്ധാത്മാ പ്രാണാദിഷു സാകല്യന ബ്രഹ്മലക്ഷണം അപശ്യൻ ശനൈഹി ശനൈ അന്തരനുപ്രവിശ്യ അന്തരതമമാനന്ദം ബ്രഹ്മ വിജ്ഞാതവാൻ തപസായവ സാധന ബ്രഹ്മ വിജിജ്ഞാസന ബാഹ്യാന്തര സമാധാനം പരമം തപസ്സാധനം അനുഷ്ഠേയം ഇത് പ്രകടനർത്ഥ ഈ പ്രകടനത്തിന്റെ താൽപര്യമായിട്ട് ഭാഷികാരം പറയുന്ന എന്താണ് ബ്രഹ്മുണ്ട് അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ബ്രഹ്മത്തിന്റെ ലക്ഷണം നേരത്തെ പറഞ്ഞതാണ് ബ്രഹ്മത്തിനുപായം എന്താണെന്നുള്ളതാണ് ഇവിടെ മുഖ്യമായി പറയുന്നത് തപസ വിശുദ്ധാത്മാ മനനം കൊണ്ട് ശുദ്ധിയെ പ്രാപിച്ചവൻ അത് മറ്റൊരു പ്രധാനപ്പെട്ട പാരമ്പര്യ എന്താണ് ഈ മനസ്സിന്റെ അശുദ്ധി എന്ന് പറയുന്നത് ഒരു പാപകർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിന്റെ അശുദ്ധി എന്ന് പറയുന്നത് പാപമാണ് കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൻ്റെ അശുദ്ധി എന്ന് പറയുന്ന കാമനകളാണ് പിന്നെ മനസ്സിന് അശുദ്ധി പലതരത്തിലും വരാം ഒരു ജിജ്ഞാസുവിനെ സംബന്ധിച്ചിടത്തോളം വിചാരത്തിലേർപ്പെട്ടിരിക്കുന്നിടത്തോളം അവന്റെ മനസ്സിന്റെ അശുദ്ധി എന്ന് പറയുന്നത് മുഖ്യമായ എന്താണ് അവന്റെ സംശയം തന്നെ അതാണ് അശുദ്ധി സംശയത്തെ നമ്മൾ വലിയ ക്ഷേമമായിട്ടാണ് കൊണ്ടുവന്നത് സംശയത്തെ നമ്മുടെ ബുദ്ധിയുടെ അടയാളമായിട്ടാണ് വിവേകത്തിന്റെ അടയാളമായിട്ടാണ് ധരിക്കുന്നത് പക്ഷെ ഇവിടെ ആത്മവിചാരത്തെ സംബന്ധിച്ചിടത്തോളം സംശയം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അശുദ്ധി ഈ അശുദ്ധി ഈ സംശയം ആത്മബോധത്തിന് തടസ്സമാണ് എന്നാൽ ഈ സംശയത്തിന് ഗുണമുണ്ടെന്നാണ് അത് ആത്മവിചാരത്തിന് സഹായിക്കുന്നു ശ്രവണാനന്തരാകത ശ്രവണത്തിന് ശേഷം വന്നു ചേരുന്നതാണ് മന അത് ആത്മബോധത്തിന് ആത്മവിചാരത്തിന് സഹായിക്കുന്നു പക്ഷേ അത് തന്നെ എന്ത് ചെയ്യുന്നു ആത്മബോധത്തിന് തടസ്സമായി നിൽക്കുന്നു സാറിന് പറയും ആത്മജ്ഞാനം പ്രകാശിക്കണമെങ്കിൽ മനവും മാലിന്യങ്ങളെല്ലാം നശിക്കണം അതിന് മുഖ്യമായി നശിക്കേണ്ടതൊന്നാണ് ഇത് ഈ പറയുന്ന സംശയം ഇപ്പൊ മനനത്തിന്റെ പ്രയോജനം ഒന്നാണ് മുഖ്യമായ പ്രയോജനം എന്ന് പറയുന്നത് സാക്ഷാത്കാരം ഇപ്പൊ സാക്ഷാത്കാരത്തിന്റെ സാധനയാണ് മനനം പക്ഷേ മനനം സാക്ഷാത്കാരത്തിന്റെ സാധനം മാത്രമാണ് മനനം അന്ധകരണശുദ്ധിയുടെയും സാധനമാണ് മനന എങ്ങനെ അന്ധകരണശുദ്ധിക്ക് സാധനമായിത്തീരുന്നു സംശയ ദൂരീകരണത്തിലൂടെ സംശയമെന്ന് പറയുന്ന അന്ധകരണത്തിന്റെ ദോഷത്തെ അത് ദൂരീകരിക്കുന്നു പറഞ്ഞല്ലോ നേരത്തെ ശ്രവണം ശ്രവണത്തിനെ തുടർന്ന് വരുന്നു മനൻ ശ്രവണ മനനങ്ങളുടെ ആവൃത്തിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അത് ശ്രവിച്ചു മനനം ചെയ്തു വീണ്ടും പോയി ഒരു വളരെ പരിമിതമായി ഉപദേശിച്ചുള്ളു തപോ ബ്രഹ്മേരി വീണ്ടും തപസ് ചെയ്യുക അതേ ഉപദേശിച്ചുള്ളു പക്ഷേ വീണ്ടും ഉപദേശിക്കേണ്ടി വന്നു അപ്പം അവിടെ ശിഷ്യൻ വീണ്ടും മനനം ചെയ്തു എന്താ ഇതിൻ്റെ പ്രയോജനം എന്നീ പുസ്തകം പഠിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം എന്ന് വരുഷത്ത് പഠിച്ചിട്ട് എന്താ പ്രയോജനം പലരും ധരിച്ചിരിക്കുന്നത് ഇതൊരു സാധന അല്ലെന്നാണ് ആധ്യാത്മിക ജീവിതത്തിൽ സാധന എന്ന് പറയുന്നത് എന്താണ് ആത്യന്തികമാണ് ആത്മശുദ്ധിക്ക് സാധനയാണ് ആത്മസാക്ഷാത്കാരത്തിന് ഉപകരിക്കുന്ന എല്ലാം സാധനമാണ് പക്ഷെ ഈ സാധനങ്ങളൊന്നും നേരിട്ട് ആത്മസാക്ഷാത്കാരത്തിന് ഉപകരിക്കുന്നുണ്ട് എല്ലാം ആത്മശുദ്ധിക്കുപകരിച്ചിട്ടാണ് ആത്മസാക്ഷാത്കാരത്തിന് ഉപകരിക്കുന്നത് ആത്മശുദ്ധിക്കുപകരിക്കുന്നതാണ് ജപവും മറ്റു തപ്പവുമെല്ലാം വിചാരവും ഒഴികെയുള്ള തപവും എല്ലാം നിരന്തരമായി ശ്രവണ മനനങ്ങളൊക്കെ ചെയ്യുന്നവർ സത്സംഗമൊക്കെ ശ്രമിക്കുന്നവരുടെ മനസ്സിലും വിചാരം എന്താണ് ഇതൊരു സാധനയല്ലെന്നാണ് സാധന എന്ന് വെച്ചാൽ മനുഷ്യന്റെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന എന്താണ് ഞങ്ങൾ കണ്ണടച്ചിരിക്കുക അതാണ് സാധനം അവിടെ ഇരുന്ന് ധ്യാനിക്കുക അതാണ് സാധന ജപിക്കുക അതാണ് സാധന യോഗം ചെയ്തിരിക്കുക അതാണ് സാധനം ഇത് സാധന അല്ലെന്ന് ആധരിച്ചിരിക്കുന്നത് മറ്റ് തപസ് സാധനമാണെന്ന് പറയും മറ്റു അഭ്യാസങ്ങൾ തപസ്സുകളും ഇത് സാധനങ്ങൾ ശ്രവണ മനങ്ങൾ സാധനയല്ലെന്ന് പറയും പുസ്തകം വായിക്കുന്നത് ശ്രവണമാണ് വായന ശ്രവണമാണ് അതും നമ്മൾ വേറെ ധരിച്ചു കളഞ്ഞു എന്താണ് വായന വേറെ ശ്രവണം വരെ പറയും വായിക്കാവുന്ന കാണുന്നതന്നെ ശ്രവണമെന്ന് പറയുന്നത് കേൾക്കുന്നതന്നെ അതങ്ങനെ ശ്രവണമാകും കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ശബ്ദത്തെ ഗ്രഹിക്കുന്നു വായനയിൽ എന്താ സംഭവിക്കുന്ന അവിടെ ശബ്ദത്തെ ഗ്രഹിക്കുന്നു രണ്ടിടത്തും ഗ്രഹിക്കുന്ന ശബ്ദത്തേണെന്തിനർത്ഥജ്ഞാനത്തിന് വേണ്ടി ശബ്ദത്തെ ഗ്രഹിക്കുന്നു രണ്ടും തമ്മിലൊരു വ്യത്യാസം ഒരിടത്ത് സംശയങ്ങളെല്ലാം ദൂരീകരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് എങ്ങനെ സാക്ഷാത്തായി നേരിട്ട് മറ്റിടത്താണെങ്കിലോ നേരിട്ടൊരു വ്യക്തിയില്ല അല്ലാതെ തന്നെ സംശയങ്ങളെ ദൂരീകരിക്കും ഗ്രന്ഥത്തിലൂടെ ഗ്രന്ഥവരികളിലൂടെ പൂർവപക്ഷ സമാധാനങ്ങളുടെ വാസ്തവത്തിൽ നമ്മൾ ഇത് ശ്രവണം ചെയ്യുമ്പോൾ മനനം ചെയ്യുമ്പോൾ പൂർവപക്ഷ സമാധാന രൂപത്തിൽ സംശയങ്ങളെ ദൂരീകരിക്കുന്ന ഗുരു നമ്മുടെ മുമ്പിലില്ല ഗ്രന്ഥമേ നമ്മുടെ മുമ്പിലുള്ളൂ ആ ഗ്രന്ഥത്തിന്റെ പിന്നിലാണ് ഗുരു ഗുരു മുമ്പിൽ വരുന്നുണ്ട് ആ ഗ്രന്ഥത്തെ നമ്മൾ ആശ്രയിക്കും വായിക്കും സംശയ വിപരീങ്ങളെ ദൂരീകരിക്കുന്നു അതെന്താണത് ശ്രവണമാണ് ശ്രവണ മനനമാണ് അവിടെ സംഭവിക്കുന്നത് കേട്ടാലും ശ്രവണ മനനം തന്നെ കാര്യമായ വ്യത്യാസമുണ്ട് ഒരാൾ നമ്മൾ വിശദീകരിച്ച് വരുമ്പോൾ നമ്മളെന്താണ് പ്രത്യക്ഷത്തിൽ ഒരാളെ കാണുമ്പോൾ വിശദീകരിക്കുന്ന അത് തന്നെ ഗ്രന്ഥത്തിന് സംഭവിക്കുന്നത് അവിടെ ഒരു ഗുരു ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഗുരുപക്ഷ സമാധാനങ്ങളിലൂടെ നമ്മളെ തത്വത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് വിചാരങ്ങളെ ദൂരീകരിച്ചുകൊണ്ട് ഇത് രണ്ടും ശ്രവണ മലനങ്ങളാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രയോജനം എന്താണ് ഒരു പ്രയോജനം മനസ്സിന്റെ മാലിന്യങ്ങളെ നീക്കുക അതിൽ പ്രധാനമായ മാലിന്യം എന്താണ് സംശയം അതിനെ പരിഹരിക്കുക അത് പരിഹരിച്ചാൽ എന്തായി ശുദ്ധിയായി ഇപ്പം ശ്രവണ മനനങ്ങൾ അന്ധകരണ ശുദ്ധിക്കും ഉപകരിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് തപസ്സാ വിശുദ്ധാത്മാ തപസ് കൊണ്ട് വിശുദ്ധാത്മാവായി തപസ്സുകൊണ്ട് അന്ധകരണത്തെ പരിഷ്കരിച്ച് മനനമാകുന്ന തസ്മു കൊണ്ട് പരിഷ്കരിച്ച് അതുകൊണ്ട് ശാസ്ത്ര ശ്രവിക്കുന്നതോ വായിക്കുന്നതോ സാധനയല്ല എന്ന് കരുതരുത് ഇത് മറ്റ് ഏത് സാധനയേക്കാളും ശ്രേഷ്ഠമായ സാധനയാണ് കണ്ണടച്ചിരിക്കുന്നു മാത്രമാണ് സാധന എന്നുള്ള അബദ്ധമാണ് ഇതെന്ത് ചെയ്യുന്നു ഇത് സംശയങ്ങളെ ദൂരീകരിക്കുന്നു എന്ന് മാത്രമല്ല തത്വബോധത്തെ ഉണ്ടാക്കുകയും ചെയ്തു മറ്റു സാധനങ്ങളെ അപേക്ഷിച്ച് മികച്ച സാധനങ്ങൾ എന്നാൽ പിന്നെ എന്തുകൊണ്ട് എല്ലാവർക്കും അതിന് കഴിയുന്നില്ല അതിനുള്ള യോഗ്യത ഇല്ലാത്ത ഇത് യോഗ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതിനെ അപേക്ഷിച്ച് മനത്തെ അപേക്ഷിച്ച് മറ്റ് സാധനങ്ങളെല്ലാം മൂഢന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജപം തപം തുടങ്ങിയ സാധനങ്ങൾ ആപേക്ഷികമായി ഞാൻ പറയും ഇതൊന്നും അനുഷ്ഠിക്കാത്ത മൂഠന്മാർ ലോകത്തിലുണ്ട് ആലോകത്തിൽ ഈ മനനം എന്നുള്ളത് പറഞ്ഞല്ലോ ഊഹാപോഹ വിചക്ഷണം അങ്ങനെയുള്ളവരുവനെ മേധാവി പുരുഷു വിദ്വാൻ ഊഹാപോഹ വിചക്ഷണം അങ്ങനെയുള്ളവരുവനെ സാധ്യമാകും മനനം ഈ മനസ്സിൽ തന്നെ കുറച്ച് മൂഢത കൂടുതലാണെങ്കിൽ അത് സാധ്യമല്ല അങ്ങനെ ജപത്തപങ്ങളാണ് ഇനി ചെയ്യേണ്ടത് രണ്ടിന്റെയും ഫലം എന്താണ് വിശുദ്ധി വിശുദ്ധാത്മാ കൊണ്ട് മനനം നിഷ്ഫലമാണ് ഈശ്വരനും മനനുമൊക്കെ കേട്ടിട്ട് എനിക്ക് ആത്മബോധം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് നിഷ്ഫലമാണെന്ന് കേട്ടു സംശയത്തെ ദൂരീകരിച്ച് അന്തക്കണ്ണത്തിലെ സ്വച്ഛതയെ വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് തത്വബോധം ഒരാൾക്കുണ്ടായില്ലെങ്കിലും മരണം തുടർന്നുകൊണ്ടേയിരിക്കുക അതുകൊണ്ടാണ് ഭാഷ്യകാരത്ത് പറഞ്ഞ ആസക്തയോ ആമൃതിയും കാലം നയത് വേദാന്ത പറഞ്ഞു വെറുതെ പറഞ്ഞാൽ നിർമ്മലത്വത്തെ പ്രാപിച്ച് അവസാനത്തിൽ അന്തോ ബ്രഹ്മേദി അതുവരെ ഉള്ള കണ്ടെത്തലുകളിൽ വന്ന പോരായ്മകളെല്ലാം പരിഹരിച്ചു സാഗല്യന ബ്രഹ്മലക്ഷണം അപശ്യൻ ശനിശ്യ അന്തര ഉത്തമം ആനന്ദം ബ്രഹ്മ വിജ്ഞാതവാൻ പ്രാണാദിഷു സാഗല്യേന ബ്രഹ്മലക്ഷണം അപശ്യ ബ്രഹ്മലക്ഷണം എന്താ പറഞ്ഞ ഇപ്പോൾ വൈമാനി ഭൂതാനു ജായന്തി എന്ന് ഇത് ഏതിൽ നിന്നാണോ ഇത് സർവ്വതുമുണ്ടാകുന്നത് ഏതിലാണോ നിലനിൽക്കുന്നത് ഏതിലാണോ നശിക്കുന്നതെന്ന് പറയുന്നത് അന്നം പ്രാണൻ ഇതെന്ന് നിയോഗിക്കുന്നില്ല സർവവും അന്നത്തിൽ നിന്നെല്ലാം ഉണ്ടാകുന്നു സർവവും പ്രാണനിൽ നിന്നെല്ലാം ഉണ്ടാകുന്നു എന്ന് എന്നിട്ട് ശനി ശനി അന്തരനുത്രവിശ്യ അന്തരതമം ആനന്ദം ബ്രഹ്മ വിജ്ഞാതവ അവനവൻ്റെ ഉള്ളിലേക്ക് കടന്ന് വിചാരത്തിലൂടെ ശ്രവണത്തിലൂടെ അവൻ്റെ ഉള്ളിലേക്ക് കടന്ന് അന്തരതമം ആനന്ദം ഇതിനെല്ലാം ഉള്ളിലുള്ള ആ ബോധത്തിന് പിന്നെ അതെന്ന് പറയും ബോധമാണ് അറിവാണ് ആത്മാവെന്ന് പറയും അങ്ങനെ പറയുന്നിടത്തോണ്ട് ദോഷം എന്താണ് അറിവിന്റെ വാചാർത്ഥത്തെ ഗ്രഹിക്കുക അത് മനോവൃത്തികളാണ് അതല്ല ആത്മാവ് ബോധം എന്ന് പറഞ്ഞാൽ തിരസ്കരിച്ചിട്ട് ശേഷിക്കുന്നത് മനസ്സിന് പ്രവേശിക്കാൻ കഴിയാത്തത് എന്നറിയാം മന്നനം കൂടിയാൽ അത് മനനത്തിലൂടെ അറിയാൻ അനുശനൈഹി ശനൈ അത് സാവധാനം സാധിക്കേണ്ട കാര്യമാണ് അത് ശ്രദ്ധിക്കുന്നു ശനിയെ ശനേത അന്തരനുപ്രവശ്യ അക്ഷമരായിപ്പോകുന്നു എന്താണ് വേദാന്തം കേട്ടു ഞാനുണ്ടാകുന്നില്ല മുക്തി ഉണ്ടാകുന്നില്ല വീണ്ടും സംസാരിയായി തന്നെ ഇരിക്കുന്നു അതുകൊണ്ട് പറഞ്ഞു ശനി ശനി സാവധാനം ഇത് സാധിക്കും അപ്പൊ പിന്നെ വേഗം തിടുക്കത്തിൽ വേണമെന്ന് പറഞ്ഞു എങ്ങനെ സാധിക്കും ശാസ്ത്രത്തിൽ പറഞ്ഞുകൊണ്ട് സദ്യോമുക്തി എന്ന് ശ്രവണത്തിൽ നിന്നെല്ലാം സദ്യോമുക്തി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ശ്രവിക്കുന്നവർക്കെല്ലാം ഉടൻ തന്നെ മുക്തി സംഭവിക്കുന്നുണ്ട് അത് ശനി ശനി പതുക്കെ സംഭവിക്കാം അങ്ങനെ ക്രമേണ പോയി ശ്രവണ മലനാദികളുടെ പരുവക്കുമായ അവസ്ഥയിൽ തന്റെ അന്ധകരണശുദ്ധിയുടെ പരുവക്കുമായ അവസ്ഥയിൽ സദ്യമുക്തി അത് സംഭവിച്ചു ആ ഒരു പരിപക്വതമില്ലാതെ സദ്യമുക്തി വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല അതുകൊണ്ട് പറഞ്ഞു ശനി ശനി അതുകൊണ്ടാണിത് ആവർത്തിയത് യഥോ വായുമാനി ഭൂതാനും തുടങ്ങി അന്നയനെയോ ഖന്യുമാനി ഭൂതാന ജായുന്ദേ പിന്നെ മനസ്സിനെ പറഞ്ഞു പ്രാണനെ പറഞ്ഞു ബുദ്ധിയെ പറഞ്ഞു ആനന്ദത്തെ പറഞ്ഞു അതാണ് ശനീശനീയ അനുപ്രവേശ്യ വളരെ സാവധാനത്തിൽ ക്ഷമയോടുകൂടി മനനം ചെയ്ത് ഇതെന്താണെന്ന് മനസ്സിലാക്കി ഇതാണ് ഉത്തമമായ സാധനം ജപവും തപവും എന്ന് മനസ്സിലാക്കി ആനന്ദം ബ്രഹ്മവിജ്ഞാത ആനന്ദമായ ബ്രഹ്മത്തെ വിജ്ഞാനിച്ചും തപസ്സായി വസാധനം ഗൃഗുഹു തപസ്സുകൊണ്ട് തന്നെ ഇവിടെ വേറെ ഒന്നും കാണിക്കുന്നു ഗൃഗുഹു തലകുത്തിന്ന് എന്തെങ്കിലും അഭ്യാസം ചെയ്തതായിട്ട് പറയുന്നില്ല കേവലം ആ തപസ് തന്നെ മനനം തന്നെ ഏകാഗ്രമായ തീവ്രമായ മനനം തസ്മാത് ബ്രഹ്മ വിജിജ്ഞാസന ബാഹ്യ അന്ധക്കരണ സമാധാന ലക്ഷണം പര തപസ്സാധനം അനുഷ്ഠേയം ആ മനത്തിൽ എന്ത് സംഭവിക്കുന്നു ബാഹ്യ അന്ധക്കരണ സമാധാന സംഭവിക്കുന്നു അതും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ചിലർക്ക് ഈശ്വരനെ കിട്ടണം ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കണം എന്നെല്ലാം പറഞ്ഞത് അസ്വസ്ഥതയാണ് ശാസ്ത്രത്തിനും പറയുന്നു അങ്ങനെയുള്ള തീവ്രത വേണം മനസ്സിൽ തലയിൽ തീ പിടിച്ചതുപോലെ ആയിരിക്കണം ഈശ്വരനെ അന്വേഷിച്ച് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ചിലർക്ക് ഉടൻ അത് ഒരു പ്രയാസവും അതിനുവേണ്ടി സഹിക്കാൻ സാധ്യമല്ല നിങ്ങളുടെ അതിപ്പത്തന്നെ വേണം അതിനു വേണ്ടിയിട്ടുള്ള തീവ്രത മനസ്സിന് വേണം ഈ തീവ്രത മനസ്സിൻ്റെ അസ്വസ്ഥതയാണെന്ന് തെറ്റിദ്ധരിക്കും എന്നിട്ട് ഈ തീവ്രതയെ സ്വയം അസ്വസ്ഥതയായിട്ട് സ്വീകരിക്കും മനസ്സ് അസ്വസ്ഥ ആ തീവ്രത അസ്വസ്ഥതയല്ല മനസ്സിന്റെ അസ്വസ്ഥതയല്ല മനസ്സിന് മനസ്സിൻ്റെ ജിജ്ഞാസയാണ് രണ്ടു വ്യത്യാസമുണ്ട് ആ ജിജ്ഞാസ ഇതിനെക്കുറിച്ചുള്ള ആപാതം ഞാനുള്ളത് കൊണ്ടാണ് ഏകദേശം ഞാനുണ്ടായി വാസ്തവത്തിലുള്ള ഞാനുണ്ടായി അപ്പൊ ജിജ്ഞാസ തുടരുന്നു അസ്വസ്ഥത എന്ന് പറയുന്നില്ല അത് രാജസമാണ് താമസത്തിൽ നിന്നുള്ളത് രാജസം താമസമാണ് അതിൽ വിക്ഷേപമുള്ളതുകൊണ്ടത് രാജസ്വം അതിൽ വിവേകം നഷ്ടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അത് താമസം അതുകൊണ്ട് അത്തരത്തിലുള്ള അസ്വസ്ഥതയല്ല ജിജ്ഞാസയാണ് അവിടെ പറയുന്നത് തലയിൽ തീപിടിച്ചതുപോലെ എന്ന് ജിജ്ഞാസയിൽ വിട്ടുവീഴ്ച ഞാൻ ആ ജിജ്ഞാസയിൽ വേണം മന്നനാവർത്തിക്കാത്തതുകൊണ്ടാണ് ഇവിടെ ഭൃഗുവിന് ജിജ്ഞാസ ഉണ്ടായിരുന്നതുകൊണ്ട് പിതുവിന്റെ സന്നിധിയിൽ വീണ്ടും വീണ്ടും വീണ്ടും മന്നനാവർത്തിച്ചു അതുകൊണ്ട് ബാഹ്യ അന്ധകരണ സമാധാന ലക്ഷണം ശ്രോണമനന രൂപത്തിലുള്ള പരമം തപസ്സാധനാനുഷ്ഠേയം പരമമായ തപസ് അതാണ് സാധനം തപസ്സാധനം മനനമാകുന്ന സാധനം അതനുഷ്ഠേയം അതനുഷ്ഠിക്കണം പ്രകടനാർത്ഥം അതാണ് ഈ സന്ദർഭത്തിൽ നിന്ന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് ഭാഷ്യകാലം പറയുന്നു ഇവിടെ പ്രാധാന്യം മനനത്തിനാണ് അതാണ് മുഖ്യമായ സാധനം ശാസ്ത്രം ശ്രവിക്കുന്ന സാധനമാണ് മനനം ചെയ്യുന്ന സാധനമാണ് സത് ശാസ്ത്രങ്ങൾ വായിക്കുന്നതും തുല്യമായി ശ്രവണമുമാണ് ചില വ്യക്തികളിൽ അത് വിശിഷ്ട വിഷയമായി അനുഭവപ്പെടാം പക്ഷെ നമ്മുടെ വെളിച്ചത്തിൽ രണ്ടും തുല്യം തന്നെ അവിടെ ഗുരുവില്ലാന്നില്ല അവിടെയും ഗുരുണ്ട് ഗുരു തന്നെയാണ് അവിടെ ഉപദേശിക്കുന്നത് ഗുരു ശരീരത്തോടുകൂടി ഇല്ലല്ലോ ഗുരു ശരീരമല്ലല്ലോ ഗുരു ശരീരമല്ല അപ്പം പിന്നെ ശരീരത്തോടുകൂടി ഒരു ഇല്ലാത്തതിന് രാസപ്പെടേണ്ട കാര്യമില്ല എന്നാലും ശരീരത്തോടുകൂടിയൊരു ഗുരു നല്ലതല്ല നല്ലതാണ് അത് ഗുരുവിന്റെ തത്വത്തെ മനസ്സിലാക്കുമ്പോൾ മാത്രം ഗുരുവിനെ ശരീരമാണെന്ന് മനസ്സിലാക്കി അവിടെയും പ്രയോജന ഗുരുതത്വത്തെ ഗുരുവിനെ കുറിച്ച് പറയുന്നിടത്തല്ല ഗുരുതത്വം എന്നാണ് പറയുന്നത് സംശയമുണ്ടെങ്കിൽ ഗുരുഗീത നോക്കി നമ്മുടെ ഗുരുവിനെ വ്യക്തിയായിട്ട് ശരീരമായിട്ടല്ല അവതരിപ്പിക്കുന്നു കേവല തത്വമായിട്ടാണ് ഗുരു കേവലം തത്വമാണെങ്കിൽ പ്രസവം വായിക്കുമ്പോഴും ആ തത്വമുണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് ശ്രമിക്കുമ്പോഴും ആ തത്വമുണ്ട് അതുകൊണ്ടാണ് വിദ്യ അനാദിയാണ് എന്ന് പറയുന്നത് വിദ്യക്ക് പ്രത്യേകിച്ച് അവർക്ക് ഉടമ്പസ്ഥത അവകാശം ഇല്ലെന്ന് പറയുന്നു വിദ്യക്കാർക്കും അവകാശം ഇല്ല എന്ന് പറയുന്നു വിദ്യ നമുക്ക് വാങ്ങാനും മിക്കാനും നോക്കത്തില്ല പുസ്തകത്തിൽ നമുക്ക് പേറ്റിൻ എടുക്കും പക്ഷേ വിദ്യക്കത് പറ്റത്തില്ല എന്തുകൊണ്ടത് അനാദിയാണ് അത് വ്യക്തിയെ ആശ്രയിച്ചാണ് തത്വത്തെ ആശ്രയിച്ചിട്ടാണ് അതുകൊണ്ട് ഗുരു ആരാധ്യനും പൂജ്യനുമായി തരുന്നത് തത്വം എന്നുള്ള ആളക്കാണ് വ്യക്തി എന്നുള്ള നിലയ്ക്കല്ല വ്യക്തി എപ്പോഴും അപൂർണമാണ് പൂർണ്ണമാണ് അത് ഗുരുക്കന്മാരെ എന്നെ വെളിപ്പെടുത്തുന്ന അവജാനന്ദി മാം മൂഢ മനുഷ്യൻ തനുമാശ്രോ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഭഗവാൻ തന്നെ ഈ മാനുഷത്തനു നിങ്ങൾ എന്നെ അങ്ങനെ ധരിച്ചു കളയരുത് മൂഢന്മാർ ധരിക്കുന്നുണ്ട് തത്വജിജ്ഞാസകൾ അങ്ങനെ ധരിക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ട് ചെറോണ മണ്ഡലങ്ങളുടെ ആവൃത്തി അത് സാധനയാണ് അത് തത്വജ്ഞാനത്തിന് ഉപകരിക്കും വരെ ചിത്തശുദ്ധിക്കുപകരിക്കുന്നു അതുകൊണ്ടാണ് ഗുരു വിദ്യ ഉപദേശിക്കുന്ന ഗുരു ആ ഗുരുവിനെ വ്യക്തിയായി സ്വീകരിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരും എപ്പോഴും എന്തുകൊണ്ട് ഗുരുവിൽ നിന്ന് അനുകൂലം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കും പ്രതികൂലം ഉണ്ടാകുമ്പോൾ ദുഃഖിക്കും അത് സംഭവിക്കും ഗുരുവിൽ ന്യൂനതകൾ കണ്ടെത്തിയാൽ അത് ശിഷ്യന്റെ ദോഷം കൊണ്ടാവും അത് ദുഃഖിക്കേണ്ടി വരും ഗുരുവിങ്ങനായി പോയു അതെല്ലാം അല്ലെങ്കിൽ ഗുരുവിൽ ന്യൂനതകളെ ആരോപിച്ചിട്ട് ദുഃഖിക്കും ഇങ്ങനെയാണല്ലോ ഗുരു സശരീരനായി പ്രപഞ്ചത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ് പ്രപഞ്ചം ഗുരുവിന്റെ ശാരീരികമായും ബാഹ്യമായ ഭാവങ്ങളും ദ്വന്ദ്വാത്മകമാണ് അതിനു ശിഷ്യന് വിവേകപൂർവം ഉൾക്കൊള്ളാൻ കഴിയാത്തത് അവിടെയെല്ലാം എന്ത് വരുന്നു ഗുരുവിനെ വ്യക്തിയായി സ്വീകരിക്കുമ്പോഴാണ് ഈ ദോഷം വരുന്നത് അതുകൊണ്ടാണ് ഗുരുക്കന്മാർ പലതു വരുന്നത് പല ഗുരുക്കന്മാരിൽ ചില ഗുരുക്കന്മാർ ശ്രേഷ്ഠന്മാരാണ് ചില ഗുരുക്കന്മാരുണ്ട് നമ്മളെ അച്ഛന്മാരാണ് എന്നൊക്കെ പറയും അതുകൊണ്ട് ഗുരുവിന് തത്വമായിട്ട് തത്വമായിട്ടെടുക്കുമ്പോൾ വായനയും കേൾവിയും എല്ലാ ശ്രവണമല്ല അതെല്ലാ ശ്രവണ മലണങ്ങൾ തന്നെ അതാവർത്തിക്കണം തചാരം വരെ അത് സഹായിക്കുന്നത് വിശുദ്ധാത്മാ മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ടതാണ് പരവുമായ തപസ്സാധനം എന്ന് പറഞ്ഞാൽ ആ മന്നനം എങ്ങനെയായിരിക്കണം ബാഹ്യാന്തക്കരണ സമാധാനത്തോടുകൂടിയായിരിക്കണം എന്നിപ്പോ പറഞ്ഞ കാര്യം വിട്ടുപോയിട്ടില്ല എന്താണ് അവിടെ അതിന്റെ തീവ്രത എന്ന് പറയുന്നു മനസ്സിന്റെ അസ്വസ്ഥതയല്ല തലയിൽ തീപിടിച്ചതുപോലെ എന്നൊക്കെ പറയുമ്പോ മനസ്സ് അസ്വസ്ഥമായാൽ ഒരു സാധനം സാധ്യമാകും ശ്രവണോ മനനമോ തപമോ ജപമോ ഒന്നും സാധ്യമാകത്തുള്ളൂ കാരണം മനസ്സിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അതെല്ലാം പറ്റും പക്ഷെ വളരെ ജാഗ്രതയോടുകൂടിയുള്ള ആ സാധനയിലുള്ള നിഷ്ഠ അതാണ് തലയിൽ തീപിടിച്ചതുപോലെ തലയിൽ പിടി തീപിടിച്ചുകൊണ്ട് ഓടി വെള്ളത്തിച്ചാടുന്നു വളരെ വേഗം ആ തീ അണയ്ക്കാൻ പൊള്ളനിന്ന് രക്ഷപ്പെടാം അവിടെ എന്തിനാണ് കാണിക്കുന്നത് അയാളുടെ പ്രവൃത്തിയുടെ സ്ഥിരതയാണ് കാണിക്കുന്നത് തലയിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ സംശയിക്കത്തില്ല തീ അണയ്ക്കണമോ വേണ്ടേ പിന്നെ അയാള് ഗവേഷണൊന്നും നടത്തത്തില്ല അതെങ്ങനെ അണയ്ക്കണം പിന്നെ എന്ത് ചെയ്യുന്നു ഉടൻ പ്രതിവിധിയാണ് വളരെ വേഗത്തിൽ അവരുടെ മനസ്സ് അതിലുറയ്ക്കുന്നു അതിൻ്റെ സ്ഥായിത്വ സ്ഥിരത അത് കഴിയുന്നതുവരെ വേറെ ഒന്നും ചെയ്തില്ല തലയെ തീ പിടിച്ചാൽ വെള്ളത്തിച്ചാടുന്നവരെ വേറെ പരിപാടിയൊന്നും ചെയ്യുന്നു അതാണ് അതിൻ്റെ തീവ്രത എന്ന് പറയുന്നത് പറയൽ അർജുനൻ പറഞ്ഞതുപോലെ ബധിഷ്ഠ ശരീര അത് മനസ്സിൽ സംഭവിക്കുന്നതല്ല മനസ്സിന് അസ്വാസ്ഥ്യങ്ങളുള്ളവർക്ക് നിർഭാഗ്യവശാൽ അത് തുടർന്നുകൊണ്ടില്ല അതൊന്നും ആധ്യാത്മിക തീവ്രതകളായി തെറ്റിദ്ധരിക്കാൻ പറഞ്ഞു മനസ്സിന്റെ ചാഞ്ചല്യമല്ല മനസ്സിന്റെ തീവ്രത അതെന്താണ് ബാഹ്യന്തക്കറിന്റെ സമാധാന ഈ സമാധാനം മണ്ണനത്തിന് അത്യാവശ്യമാണ് അതാണ് തപസ്സാധനം എന്ന് പറഞ്ഞാൽ തപസ്സിനത് അപ്പോൾ ആ തപസ്സോടുകൂടി അനുഷ്ഠിക്കുന്ന ഇത് പ്രകടന സന്ദർഭം ഇത് സന്ദർഭം താല്പര്യം സന്ദർഭ താല്പര്യം മനസ്സിലാക്കാതെ വായിച്ച് വ്യാഖ്യാനിച്ചു പോയിട്ട് എന്താ കാര്യം അതിൽ കഴമ്പൊന്നും ഭാഷ്യകാരൻ ചെറിയ വാക്കുകളിലേ പറയും നമുക്കത് കൂടുതൽ വാക്ക് വേണം ഭാഷകാരുടെ ബുദ്ധി വേറെയാണ് നമ്മുടെ അല്പബുദ്ധി വേറെയാണ് നമ്മൾ അല്പബുദ്ധികളായതുകൊണ്ട് നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ടി വരും ഋഷി മഹാനാത്മാ വലിയ ബുദ്ധിയുള്ളവനായിരുന്നു അതുകൊണ്ട് തത്വം അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു അത് കൂടിയ ജീവിതം നിഷ്പ്രയോജനമുള്ള ഒരു തരത്തിൽ പറയുന്നു സാധാരണ പറഞ്ഞു വരുന്ന പരിപാടി ഇപ്പൊ പറഞ്ഞത് എന്താണ് ശ്രവണ മനനങ്ങൾ കൊണ്ട് മനസ്സ് ശുദ്ധമാകും ആ ബോധമുണ്ടാകും എന്നൊക്കെ പറഞ്ഞു വായിച്ചിട്ടും പഠിച്ചിട്ടും ഒന്നും അയാൾ കാണുന്നില്ലല്ലോ എന്ന് പറയും ഇവിടെ മനഃശുദ്ധിയോടെ ഇപ്പോൾ എല്ലായിടത്തും സമ്മാനം വായനയിലും പഠനത്തിലും മാത്രമല്ല തപം കൊണ്ടും ജപം കൊണ്ടും ഒന്നും പ്രയോജനം കാണുന്നില്ലല്ലോ ഭക്തൻ എന്തുകൊണ്ട് ഇത്രയും വലിയ ദുഷ്ടനായി ഇതൊക്കെ ഏത് എവിടെയും ഇതൊക്കെ ആരോപിക്കാം എന്നുള്ള കാര്യങ്ങളാണ് എവിടെയും അതൊക്കെ സംഭവിക്കാം അത് പാപത്തിന്റെ ഫലം വ്യക്തിയിലിരിക്കുന്നു അത് ദോഷമായി പരിണമിക്കുന്നു ദുഃഖമായി പരിണമിക്കുന്നു അധർമ്മമായി പരിണമിക്കുന്നു അതെല്ലാം പഠിച്ചവനും പഠിക്കാത്തവനും ഒക്കെ സംബന്ധനം ആധ്യാത്മിക സാധനമുള്ളവരിൽ ഇല്ലാത്തവനും സംബന്ധം അത് ആധ്യാത്മിക സാധനങ്ങൾ കാണണമെങ്കിൽ നമ്മൾ പറയും അബദ്ധസഞ്ചാരം എന്ന് പറയും വെറും സാധാരണക്കാരൻ കാണുകയാണെങ്കിൽ പറയാം അവന്റെ ദുഷ്ടത അവന്റെ ദോഷം എന്ന് പറയും അതെല്ലാം എവിടെയും സംഭവിക്കുക അതൊന്നും ഇതിന് പരിഹാരമില്ല പഠനവും വായനയൊന്നും അതിന് നേരിട്ടുള്ള പരിഹാരങ്ങളല്ല പാപങ്ങളെയെല്ലാം അവന്റെ അന്ധക്കനത്ത് നിന്ന് നീക്കിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടുതൽ പ്രയോജനം ചെയ്യും ഇല്ലെങ്കിൽ അതിനത്രയ്ക്ക് പ്രയോജനം ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച് നിഷ്പ്രയോജനമല്ല അതുകൊണ്ട് അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ശ്രവണമനനങ്ങൾ അന്ധക്കന്നെ ശ്രദ്ധിക്കുക ഉള്ളൊരു സാധനയാണ് ഏകാഗ്രത ചില ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് ഏത് ദോഷത്തെ എങ്ങനെ പരിഹരിക്കുന്നു ശ്രവണം ഭയത്തെ എങ്ങനെ പരിഹരിക്കുന്നു ശ്രവണം കാമത്തെ എങ്ങനെ പരിഹരിക്കുന്നു ശ്രവണം ലജ്ജയെ എങ്ങനെ പരിഹരിക്കുന്നു ഇതെല്ലാം പരിഹരിക്കേണ്ട എന്നെല്ലാം വിശദീകരിക്കുന്നു ഏത് തരത്തിലാണ് അതിന് അൻ്റെ സമാധാനം വേണം അസ്വസ്ഥനായിരിക്കാൻ പാടില്ല അതോടുകൂടി തപസാധനം നിഷ്ഠേയം ഈ മനനം തുടരണം എന്നാണ് ഈ പ്രകടനത്തിന്റെ താല്പര്യം ഇവിടെ കുറേ വരികളുണ്ട് ഭാഷകാരൊന്നും വ്യാഖ്യാനിച്ചില്ല പ്രകടനാർത്ഥം എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മൾ മനസ്സിലായിക്കോട്ടെ ശേഷ ഭാർഗവി ഭ്രുണ വിദുത വരുണേന പ്രോക്ത വരുണി വിദ്യ എന്ന ഭാർഗവി എന്നൊരു പേര് എന്തുകൊണ്ട് ഭ്രഗുന ഭാർഗവി േനവിദിതം എന്നുള്ള അർത്ഥത്തിൽ പ്രത്യേകം ഭൃഗോഹോ അപത്യം ഭാർഗവി ഭൃഗുവിന്റെ പുത്രിയാണ് ഭാർഗവി എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ ഇവിടെ ഭൃഗു പറഞ്ഞതുകൊണ്ട് ഭാർഗവി വരുണേന പ്രൊക്ത വാരുണി വരുണൻ ഉപദേശിച്ചത് വരുണി പരമേ വ്യോമൻ ഭൃഗുർവൈ വാരുണിഹി എന്ന് പറഞ്ഞത് കരുണന്റെ പുത്രനാണല്ലോ ഉപദേശിച്ചു ഭൃഗുഗ്രഹിച്ചു ഹൃദയാകാശഗുഹായ പ്രതിഷ്ഠിത ഇത് ഹൃദയത്തിൽ പ്രതിഷ്ഠിതമാണോ അദ്വൈതത്തിൽ പ്രതിഷ്ഠിതമാണ് അദ്വൈതമാണ് ഇതിന്റെ ഉറവിടം ചോദിക്കാറില്ലേ പറയാറുണ്ടെന്നാണ് പുസ്തകം പിഴിഞ്ഞാൽ ഞാനുണ്ടാകത്തില്ല പറയുന്നത് ശരിയാണ് പക്ഷെ പറയുന്നതിന്റെ താല്പര്യം നമുക്ക് മനസ്സിലാകുന്നു നമ്മളെന്ത് വിചാരിക്കും അതുകൊണ്ട് പുസ്തകം വായിക്കരുത് പുസ്തകം തിന്നാൽ മസ്തകം മാറും എന്നൊക്കെ പറയും എന്തുകൊണ്ടാണ് പുസ്തകത്തിലാണിത് ഇരിക്കുന്നതെന്ന് നമ്മൾ ധരിച്ചിരിക്കുന്നതല്ലേ ഇതുകൊണ്ടിരിക്കുന്നു ഹൃദയ ആകാശഗുഹായം പരമേ ആനന്ദ് അദ്വൈത പ്രതിഷ്ഠിത ഈ വിദ്യ ഹൃദയത്തിൽ പ്രതിഷ്ഠിതമാകുന്നത് സ്വയം പ്രകാശിക്കാത്തത് ബാഹ്യമായ പുസ്തകത്തെ ആശ്രയിക്കുന്നു പുസ്തകത്തെ ആശ്രയിക്കുക അക്ഷരങ്ങളെ ആശ്രയിക്കുന്നു ലിപികളെ ആശ്രയിക്കുന്നു ലിരിപ്പുകളെ ആശ്രയിക്കുന്നതിനു വേണ്ടി ശബ്ദത്തെ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ് ലരിപ്പുകളിലൂടെ ശബ്ദത്തിൽ ശബ്ദത്തിലൂടെ ബുദ്ധിയെ ആശ്രയിക്കുന്നു ബുദ്ധിയെ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു ഹൃദയ ഗുഹയിലൂടെ പറഞ്ഞു ബുദ്ധിയുടെ സ്ഥാനമാണ് ഹൃദയം ഇപ്പൊ ശബ്ദത്തിലൂടെ ഗ്രന്ഥത്തിലൂടെ ശബ്ദത്തിലൂടെ ബുദ്ധിയിലൂടെ ഇവിടെ എത്തിച്ചേരുന്നു പരമേ ആനന്ദ് അദ്വൈതേ പ്രതിഷ്ഠിത അത് പരമമായ ആനന്ദമായ അദ്വൈതത്തിൽ ഇത് പ്രതിഷ്ഠിതമാണ് ഏത് ഈ പുസ്തകത്തിലിരിക്കുന്ന കാര്യങ്ങൾ ഈ അക്ഷരൂപത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ നിന്ന് ഇത് പുറപ്പെട്ടതാണ് ബ്രഹ്മത്തിന്റെ വിദ്യയ്ക്ക് ബ്രഹ്മത്തിൽ നിന്നെല്ലാവരും എവിടെ നിന്ന് പുറപ്പെടാൻ പറ്റും അതുകൊണ്ടല്ലേ അതിനെ ബ്രഹ്മവിദ്യ എന്ന് പറയുന്നു അദ്വൈതെ ആനന്ദേ പ്രതിഷ്ഠിത പരിസമാപ്ത അതുകൊണ്ടാണ് ഇവിടെ അതിനെ അവസാനിപ്പിച്ചത് പരമാനന്ദത്തിൽ വന്നിട്ട് പിന്നീടൊന്നും പറഞ്ഞില്ല ശിഷ്യന്റെ സംശയങ്ങൾ തീർന്ന് ഗുരുവിനെന്നെ ചോദിക്കുന്നു ശിഷ്യന് സംശയം തീർന്നെന്ന് ഉറപ്പുവരുത്താൻ അവന് ശിഷ്യനും ചോദിക്കുന്നുണ്ട് ഗുരുവിടെ പറഞ്ഞിട്ടുണ്ട് ശിഷ്യനും പറഞ്ഞു രണ്ടുപേരും സംബന്ധിച്ചതുകൊണ്ടാണ് അദ്വൈതയ പ്രതിഷ്ഠിത പരിസമാപ്തായി വിദ്യ അവരുടെ ഹൃദയത്തിൽ സമാപിച്ചിരിക്കുന്നു അന്നമയ ആത്മനാധിപ്രവൃത്ത അങ്ങ് മുകളിൽ നിന്ന് തുടങ്ങി സ്ഥൂലത്തിൽ നിന്ന് ബാഹ്യത്തിൽ നിന്ന് തുടങ്ങി അന്നമയത്തിൽ നിന്ന് തുടങ്ങി ഹൃദയത്തിൽ അവസാനിച്ചതാണ് വിദ്യ ചെവി കൊണ്ട് ശ്രവിക്കുന്നു നാക്കുകൊണ്ട് പറയുന്നു അപ്പൊ ഇത് അന്നത്തിൽ നിന്നാണ് തുടക്കത്തിൽ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞാൽ ശരിക്കും മനുഷ്യ ഉച്ചരിക്കുമ്പോഴേത് ശ്രുതിയാവും ദൈവം പറഞ്ഞ ശ്രുതിയല്ല നമ്മൾ കേൾക്കുന്നു മനുഷ്യ ഉച്ചരിക്കുന്നു വാക്കുകൊണ്ട് ഉച്ചരിക്കുകയും ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്യുന്ന ശ്രുതി എന്താണ് എവിടെയിരിക്കുന്നു ആനന്ദെ അദ്വൈതെ പ്രതിഷ്ഠിത അദ്വൈതത്തിൽ പരമാനന്ദത്തിൽ പ്രതിഷ്ഠിതമാണ് അവിടെ പരിസമാപ്തമാണ് അവിടെ ഇത് അവസാനിച്ചിരിക്കുന്നു അത് അന്നമയ അതാത്മനോ അധിപ്രവൃത്തും മുകളിൽ നിന്നും തുടങ്ങിയാണ് സ്ഥൂലത്തിൽ നിന്നും തുടങ്ങിയ അത് ഹൃദയത്തിൽ പ്രതിഷ്ഠമാകാതിരിക്കുമ്പോഴാണ് പറയുന്നത് ഗ്രന്ഥത്ത് പിഴിഞ്ഞാൽ ഞാനുണ്ടാകത്തില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ഗ്രന്ഥത്തിൽ നിന്നത് കിട്ടുകയാണ് പറയുന്നു അതിനവിടെ എത്തിക്കും പക്ഷെ അതെല്ലാത്തിനെയും കടന്നു പോകും സ്ഥൂലമായ അന്നമയത്തിൽ നിന്ന് ഓരോന്നിനെയും കടന്നു കടന്ന് അതിസൂക്ഷ്മമായ പരമാത്മാവൻ എത്തിച്ചേർന്നു സൂക്ഷ്മ സൂക്ഷ്മതരമായ കാരണത്തിനും കാരണമായിരിക്കുന്ന പരമാത്മാവൻ എത്തിച്ചേർ ചേർന്നിരിക്കുന്നു അന്യോ അനുപ്രവിശ്യം ശ്രദ്ധയുടെ വേറത്തുള്ളത് ഇതുപോലെ മറ്റുള്ളവരും തപസാധന സാധന തപസ്സാകുന്ന സാധനം കൊണ്ട് വിചാരമാകുന്ന സാധനം കൊണ്ട് അതിന് സജ്ജമായ ഇന്ത്യങ്ങളും മനസ്സും കൊണ്ട് അതിനും പ്രധാനമുണ്ട് പ്രാധാന്യമുണ്ട് ക്രമേണ അനുപ്രവശ്യ ക്രമേണ തിടുത്തം അസ്വസ്ഥത പാടില്ല ശാന്തി വേണം തീവ്രത എന്ന് പറയുന്നത് സമാധാനത്തിന്റെ തീവ്രതയാണ് തീവ്ര അത് എന്ന് പറയുന്നത് സ്ഥായിത്വമാണ് സ്ഥിരതയാണ് ആനന്ദം ബ്രഹ്മവേദ അങ്ങനെ ആരാണോ ആ ആനന്ദ സ്വരൂപമായ ബ്രഹ്മത്തെ അറിയുന്നത് സയവം വിദ്യ പ്രതിഷ്ഠാനങ്ങനെ അവൻ വിദ്യയിൽ പ്രതിഷ്ഠിതനാകുന്നു പ്രതിഷ്ഠധിയാന വിദ്യയിൽ പ്രതിഷ്ഠിതനായി കഴിഞ്ഞാൽ അവൻ ആനന്ദത്തിൽ പ്രതിഷ്ഠിതനാകുന്നു പരമേ ബ്രഹ്മണി ആനന്ദത്തിൽ പ്രതിഷ്ഠിതനായി കഴിഞ്ഞാൽ അവൻ പരബ്രഹ്മത്തിൽ പ്രതിഷ്ഠിതനായി തീരുന്നു ആനന്ദം തന്നെ പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ വീണ്ടും പറയുന്ന ഭാഷകാരൻ എന്ന് പറയുന്ന ശ്രുതിയുടെ പരമമായ താല്പര്യത്തെ ഭാഷിക്കാരൻ ഉപസംഹരിക്കുക ദുഷ്ട നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയും ഈ ബ്രഹ്മജ്ഞാനം കൊണ്ട് എന്താ പ്രയോജനം ഇത്രയും മഹത്തായ ഫലത്തെ പറഞ്ഞു പരമാനന്ദപ്രാപ്തി എന്ന് പറഞ്ഞു വീണ്ടും ചോദിക്കുന്നത് കൊണ്ട് എന്താ പ്രയോജനം ഈ വിദ്യ കൊണ്ട് എന്നുവെച്ചാൽ നമ്മൾ ആശിക്കുന്ന എന്തെങ്കിലും കിട്ടുമോ പറയുന്നു കിട്ടും എല്ലാം കിട്ടും വിദ്യ ഉണ്ട് അത് കയ്യിലുണ്ടായിരുന്നാവും അന്നവാൻ അത് കിട്ടുന്നുണ്ട് ധാരാളം ചാപ്പാട് കിട്ടും ബ്രഹ്മവിദ്യ ഇതുമായിട്ടെന്താ ബന്ധം അത് വളരെ ലളിതമാണ് എന്താണ് യോഗക്ഷേമം മഹാമ്യഹം എന്ന് പറഞ്ഞു അത് മനുഷ്യത്തിന്റെ ഭാഷ പറയുന്നവിടെ വ്യാഖ്യാതാവ് ആനന്ദഗിരി പറയുന്നതാണ് ഒരു പാമരനായ ഒരു സാധാരണ മനുഷ്യൻ അവനുപോലും അന്നം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവന്റെയും ഭൗതികമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇത്രയും ശ്രേയസ്കരമായ ബ്രഹ്മ സ്വീകരിച്ച് ബ്രഹ്മത്തെ പ്രാപിച്ചു പിന്നെ ഭൗതികമെങ്ങനെ അവൻ്റെ നടക്കും അന്നവാൻ പ്രഭൂതം അന്നമസി വിദ്യ അന്നവാൻ ധാരാളം അന്നവന് കിട്ടുന്നു നടക്കും ചില ഐശ്വര്യങ്ങളും ജ്ഞാനിക്കാപ്യമല്ല വേണ്ടിവന്ന അതുമാണ് ധാരാളം അന്നം ഉണ്ടാകുന്നു അല്ലെങ്കിൽ കഴിക്കാനും മറ്റവട് കൊടുക്കാനും ഉള്ള അന്നം ഉണ്ടാകുന്നു എന്തുകൊണ്ട് അവന് ഈശ്വരനോട് താതാന്യപ്പെട്ടിരിക്കുന്നു സർവ ഭൗതികത്തിനും ഉടമസ്ഥനായിരിക്കുന്ന ഈശ്വരനോട് താതാന്യപ്പെട്ടപ്പോ എന്താ അജ്ഞന് കിട്ടുന്നത് അവന് കിട്ടത്തില്ലേ അതുകൊണ്ട് അവൻ അന്നമാനായിത്തീരുന്നു അതായത് ആത്മജ്ഞാനി എന്ന് പറഞ്ഞാൽ സന്യാസി സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്യാഗി ത്യാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദരിദ്രൻ തണ്ടി അതുകൊണ്ടവനെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു ധൈര്യത്തിലാണ് അതുകൊണ്ടവൻ ഭക്ഷണമൊന്നും നേരെ കഴിക്കാൻ പാടില്ല പ്രത്യേകിച്ചും ഭക്തന്മാരുടെ മുമ്പിൽ എന്നൊക്കെ ധരിച്ചിരിക്കുന്നവരുണ്ട് അതല്ല അവൻ അന്നവാനാണ് എന്ന് മാത്രമല്ല അടുത്ത് പറയുന്നത് അവന് ദഹനക്കേടുണ്ടാകത്തില്ല എത്ര കഴിച്ചാലും നമ്മുടെ ശ്രുതി എന്ന് പറയുന്നുണ്ട് ദഹനക്കേടുണ്ടാകത്തില്ലെന്ന് വെച്ചാൽ ആത്മജ്ഞാനിയെ സംബന്ധിച്ച് ഭൗതികമായ വ്യവഹാരങ്ങളെ സംബന്ധിച്ച് നമ്മുടെ മിഥ്യാധാരണകളെ നിഷേധിക്കാൻ വേണ്ടി ശ്രുതി പറയുന്നുണ്ട് അന്നത്തിനും ദഹനക്കേടിനും ഒക്കെ പറയുന്നു എന്നേ പശുപുത്രാദികളെന്നിങ്ങനെ പറയുന്നു അജ്ഞാനിയുടെ വ്യവഹാരം സാധാരണ രീതിയിൽ തന്നെ ലൗകിക വ്യവഹാരം എന്ന് പറയുന്നതിലല്ല വ്യത്യാസം ആത്മനിഷ്ഠയിലാണ് വ്യത്യാസം അന്നപാനാദികാര്യങ്ങളിലല്ല വ്യത്യാസം അതിൽ കൂടുതൽ വരുമോ കുറവ് വരുമോ എന്നുള്ളതല്ല എന്താണ് അവൻ പറഞ്ഞിട്ടില്ലേ ഗീതിയിൽ വേറെ രീതിയിൽ പറഞ്ഞു യോഗക്ഷേമം മഹാമ്യം ഇവിടെ എന്താണോ ഇവിടെ പറയുന്നത് അനുഗ്രഹ അവിദുഷാമൊക്കെ അന്നാദി സമൃദ്ധി ദൃശ്യത കിമിതാത്മത്വം സാക്ഷാത് എന്താണ് സാധാരണ ജനങ്ങൾക്ക് പോലും ഈശ്വരാനുഗ്രഹം കൊണ്ട് അന്നപാനാദികൾ സമൃദ്ധമായി കിട്ടുന്നില്ലേ അപ്പോൾ പിന്നെ ആത്മത്വം സാക്ഷാത് ഈശ്വരാത്മത്വത്തെ സാക്ഷാത് അനുഭവിക്കുന്നവന് എന്തിൻ്റെ കുറവാണ് വരുന്നത് ഒന്നും വരാൻ അതുകൊണ്ട് അവസാനം ഈ വഴിക്ക് പോയാൽ ഇത് സംഗതി വേഗം ലഭുവാണെങ്കിൽ അതൊരു വലിയ വിഷയമാണ് ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ അവസാനം ഒന്നുമില്ലാത്തവനായി കഷ്ടപ്പെടേണ്ടി വരും അതുകൊണ്ട് ഇപ്പോഴേ കുറച്ചൊക്കെ കരുതി വെച്ചിട്ട് വേണം പോവാൻ അതുകൊണ്ട് പെൻഷൻ പറ്റിയതിന് ശേഷം മതി ആത്മീയത പെൻഷൻ കാണുമല്ലോ ജീവിക്കാൻ എന്നൊരു ഈശ്വരസാക്ഷാത്കാരത്തിന്റെ ഉറപ്പ് പെൻഷൻ ബാങ്ക് ബാലൻസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതായത് ആധ്യാത്മിക സാധകന്മാർക്ക് വരുന്ന അരക്ഷിതത്വബോധം അരക്ഷിതാബോധം ഇൻസെക്യൂരിറ്റി പ്രോബ്ലം അതുപോലെ ഞാൻ മനസ്സിലാക്കും അത് നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് സാധനാ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനും അവനോടൊപ്പം വേറൊന്നും സമ്പാദിച്ചു വെക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് സന്യാസത്തിൽ തന്നെ പറഞ്ഞത് ഭാര്യയും പുത്രനും ഒന്നും വേണ്ട അവസാന കാലത്ത് ആരാ നോക്കുന്നു ആശ്രമത്തിനും ആരും നോക്കത്തില്ല എല്ലാവരും അവരവരുടെ കാര്യം നോക്കുന്നവരാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളും ആശങ്കകളും ഒക്കെ മനസ്സിൽ വരും പറയുന്നു അവൻ ആത്മനിഷ്ഠനാണെങ്കിൽ അവിടെ പറഞ്ഞു യോഗക്ഷേമം മഹാത്യഹും ഇവിടെ പറയുന്നെന്താണോ തഥാത്മത്വം ആ ഈശ്വരാത്മഭാവത്തെ പ്രാപിച്ചവൻ അങ്ങനെ ഒരു ന്യൂനതയും വരും അതുകൊണ്ട് അത് സമ്പാദിക്കാൻ വേണ്ടി സമയം കളയേണ്ട കാര്യമില്ല അതെല്ലാം തനിയെ വന്നു ചേർന്നോളൂ എന്നാ പറയൂ